വേ ഭരം ശ്രീ ശ്രീപുരാ ഭഗവത്പം ആചാര്യം സുരഭാഷ്യ ഗുരുദോ വണ്ടേ multimass wrote a word of the worshipbird in the Lecture and TV പരിപ്രാജകാനം ഭിക്ഷാചരണാധികുപന്നയാനിഗ്രസ്താധീനം ബ്രാഹ്മണ്യ ചിന്തായ പുരുഷപ്രവൃത്തെ അധിഷ്ഠാന ഭിക്ഷാടനാകാം എന്ന് പറയുന്നു അത് ഒഴിവാക്കാൻ പറ്റത്തില്ല കാരണം പരിഭ്രാജനം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാനിയാണ് ഞാനിയെ സംബന്ധിച്ചും ഭക്ഷണം വേണം ഭക്ഷണം എങ്ങനെ ലഭിക്കും ഇതെല്ലാം വൈദിക കർമ്മത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്ന വൈദിക കാലത്തിൻ്റെ ഭക്ഷണം അപ്പം കർമ്മം ചെയ്തിരുന്നു അതിന് പ്രതിഫലം ലഭിച്ചിരുന്നു അതുകൊണ്ടാണ് ഭക്ഷണം നടന്നിരുന്നത് പക്ഷേ ഇപ്പം കർമ്മത്തെ ഉപേക്ഷിച്ചു കർമ്മം വിഹിതമാണ് വിധിച്ചതാണ് വേദത്തിൽ വിധിച്ചതാണ് ആ വേദത്തിൽ വിധിച്ച കർമ്മത്തെ വിധി ബോധ തന്നെ ഉപേക്ഷിച്ചു അതാണ് പരിപ്രചനം ഭക്ഷണം അതിന് പറഞ്ഞു ഭിക്ഷാചരണം ഭിക്ഷാദരണമാകാമോ എന്തുകൊണ്ടത് വൈധമല്ല എന്നുവെച്ചാൽ വിധിച്ചതിരെ കാര്യമല്ല എന്തുകൊണ്ടത് വൈധമാകുന്ന കാരണം ഭിക്ഷ എന്നുവെച്ചാൽ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഭക്ഷണത്തിനുള്ള പ്രേരണ എന്ന് പറയുന്നത് സഹജമാണ് വേദം വിധിച്ചതുകൊണ്ടല്ല ആർക്കെങ്കിലും വിശപ്പ് വരുന്നത് വിശപ്പ് സഹജമായി വരുന്നു അത് ധർമ്മത്തിന് വിരോധിയല്ല സഹജമായ പ്രവൃത്തിയാണെങ്കിലും ധർമ്മവിരോധിയാണെങ്കിൽ ചെയ്യാൻ പാടില്ല വിശപ്പ് സഹജമാണ് വൈദ്യമല്ല അതുകൊണ്ട് ആ വിശപ്പിന്റെ നിവൃത്തിക്ക് വേണ്ടിയിട്ട് ഭിക്ഷാകാം അതാണ് അതിൽ പറയുന്ന യുക്തി അസമയം ആ വിശപ്പിൻ്റെ നിവൃത്തിക്ക് വേണ്ടി തന്നെ കർമ്മം ചെയ്ത് പ്രതിഫല സ്വീകരിക്കാൻ പാടില്ല എന്തുകൊണ്ട് കർമ്മം വൈധമാണ് വിധിച്ചതാണ് വിധിയനുസരിച്ചാണ് കർമ്മം ചെയ്യുന്നത് വിഹിതമായതുകൊണ്ട് കർമ്മങ്ങളെ സ്വീകരിക്കാൻ പാടില്ല അതേസമയം ഭിക്ഷ എന്ന് പറയുന്നത് സഹജമായതുകൊണ്ട് വിശപ്പ് സഹജമായതുകൊണ്ട് അത് വിധേയമല്ല ഭിക്ഷ അതുകൊണ്ട് അതനുഷ്ഠിക്കാം അതാണ് പരിപ്രാചകന് ഭിക്ഷാചരണം പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഗൃഹസ്ഥനാകാമോ പറയുന്നു പാടില്ല എന്തുകൊണ്ട് ഗൃഹസ്ഥന് പരപ്രായോനെ പോലെ തന്നെ ഞാനും ഉണ്ടായാലും പാടില്ല എന്നുള്ളത് വൈധമാണ് വിഹിതമാണ് അത് ഭിക്ഷാടനം പോലെയല്ല ഭിക്ഷാടനം സഹജമായ പ്രേണ വിശപ്പ് നിന്നാണ് ഉണ്ടാകുന്നത് അഗ്നിഹോത്രം അങ്ങനെയല്ല അത് വിധിച്ചിരിക്കുന്നു അപ്പൊ ആ വിധിച്ച ഒരു കർമ്മം വേദത്തിൽ വിധിച്ചിരിക്കുന്നതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു പ്രാമാണ ചിന്തായം പ്രവൃത്തിയുടെ ദൃഷ്ടാന്തത്വം ഇവിടെ ശാസ്ത്ര പ്രമാണത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അതിന് പ്രവൃത്തിയെ ദൃഷ്ടാന്തം ആറ്റെടുക്കാൻ പാടില്ല വിശദീകരിക്കുന്നത് പ്രതിഷിദ്ധം ശത്രുഹിത്വനെ അഭിചാരകർമ്മം അഭിചാരകർമ്മത്തിന് വേണ്ടിട്ടാണ് ശത്രു മരണത്തിന് വേണ്ടിയിട്ടുള്ളത് ശത്രു മരണത്തിന് വേണ്ടിട്ടുള്ള അഭിചാരകർമ്മം പാടില്ല വേദം വിധിച്ചിരിക്കുന്നു പ്രതിഷിദ്ധം അഭിചാരണം അങ്ങനെയാണെങ്കിലും കസ്റ്റിത് കുറവൻ ദുഷ്ട ദ്വേഷങ്ങനെയാണോ സ്വർഗ സ്വർഗത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നത് അതുപോലെ ദ്വേഷമുള്ളവർ ശത്രുവിനെ കൊല്ലാൻ വേണ്ടി അഭിചാരം ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചില ചെയ്യുന്നത് കൊണ്ട് ശത്രു ശത്രുദേഷമില്ലാത്ത ഒരാളും വിവേകിന വിവേകിയായി ഒരുവൻ അത് ചെയ്യാൻ പാടില്ലാത്താണെന്ന് അറിയുന്ന ഒരുവൻ അഭിചരണം നടക്കറിയതേ അഭിചരണവും ചെയ്യത്തില്ല നിഷേധിച്ചത് കൊണ്ട് അത് ചെയ്യുന്നില്ല എന്നറും അതുപോലെ തത്വജ്ഞാനം പറഞ്ഞു ഭേദബുദ്ധിയെന്ന് വർദ്ധിപ്പിക്കുന്നു കർമ്മത്തെ ഇല്ലാതാക്കുന്നു അതുകൊണ്ട് തത്വജ്ഞാനിക്ക് കർമ്മം ചെയ്യാൻ സാധ്യമല്ല ഇപ്പോൾ ഗൃഹസ്ഥന് തത്വജ്ഞാനം ഉണ്ടായാലോ അത് അവസാനം ഭാഷകാലം പറയും അവിടെ ഗൃഹസ്ഥ കാര്യമാണ് തീർച്ചയായും ഗൃഹസ്ഥന് തത്വജ്ഞാനം ഉണ്ടായാൽ ജ്ഞാനം സന്യാസ ലക്ഷണം ജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ് സന്യാസം സന്യാസമാകുന്ന ലക്ഷണത്തോടു കൂടി ഇതാണ് ജ്ഞാനം അപ്പോൾ ഗൃഹസ്ഥന് തത്വജ്ഞാനം ഉണ്ടായാൽ പരിഭ്രജനം സ്വീകരിക്കണം ഭിക്ഷാടനം സ്വീകരിക്കണം ഇതാണ് ശങ്കരാചാര്യരുടെ നിലപാട് ഇതിൽ യാതൊരു വിട്ടുകയും ചെയ്യില്ല അതുകൊണ്ടാണ് ഗീതാഭാഷത്തിനും മറ്റും ജനകന്റേയും മറ്റും ദൃഷ്ടാന്തം വന്നപ്പോൾ ജനകനെ ജ്ഞാനിയാണെങ്കിൽ എന്ന് പറയുന്നു ഉറപ്പിച്ചു പറയുന്നു അത് അംഗീകരിക്കുന്നില്ല ഗൃഹസ്ഥന് തത്വജ്ഞാനം പാടില്ല എന്ന് പറയുന്നു ഗൃഹസ്ഥൻ്റെ തത്വജ്ഞാനം വന്നാൽ പരിപ്രജണം എന്തുകൊണ്ട് ഗൃഹസ്ഥ ധർമ്മത്തെ സ്വീകരിച്ചിരുന്നാൽ അവിടെ അഗ്നിഭോകരണം ചെയ്യണം അത് ഒഴിവാക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ഗൃഹസ്ഥാന ഗീതമാണത് ഗ്രഹ ഗൃഹസ്ഥ ധർമ്മത്തിൽ ഇരിക്കുകയാണ് അപ്പൊ തത്വജ്ഞാനം ആണെങ്കിലോ വീക്ഷേ പറ്റും പ്രസിദ്ധമൊക്കെ വിചരണം കശ്യപൂർവൻ ദുഷ്ട ശത്രുദ്ദേശരഹിതയെ അഭിപ്രായം അതുകൊണ്ട് രാഗദ്വേഷാദികളുള്ള ഗൃഹസ്ഥന്മാർ കാമപൂർവം കർമ്മങ്ങൾ ചെയ്യുന്നു അതുപോലെ ഒരു ഗൃഹസ്ഥത്തിലിരുന്ന് തന്നെ ഒരാൾ കർമ്മയോഗിയായി അയാൾ ചിത്രശുദ്ധിയെ പ്രാപിച്ച് അയാൾക്ക് ഉപനിഷണം കൊണ്ട് അയാൾക്ക് ജ്ഞാനമുണ്ടായാൽ അയാൾ പരിപ്രജന തന്നെ സ്വീകരിക്കണം എന്നുവെച്ചാ കർമ്മവിധി പ്രവൃത്തി നിമിത്തേ ഭേദപ്പെടുത്തിയെ ബാധ്യതയെ അഗ്നിഹോത്ര പ്രവർത്തക നിമിത്തം അസ്ഥി ഗ്രഹസ്ഥൻ തത്വജ്ഞാനിയായി വീണ്ടും അഗ്നിഹോത്രം ചെയ്യുന്നുവെന്ന് അങ്ങനെ പറയാൻ പറ്റും കർമ്മവിധി പ്രവൃത്തിക്ക് നിമിത്തമായിരിക്കുന്ന ഭേദജ്ഞാനം ബാധിച്ചുപോയി ബാധിച്ചാൽ അഗ്നിഹോത്രാദികളിൽ പ്രവർത്തകമായ നിമിത്തമില്ല അവിടെ ഭർത്താവ് കരുണ കാരകങ്ങളല ജ്ഞാനമുണ്ടായാൽ പ്രവർത്തിക്കാൻ പറ്റും ആ ഭേദ ഞാനും നശിച്ചു എങ്ങനെ അഗ്നിഹോത്രത്തിൽ പ്രവർത്തിക്കും അഗ്രഹസ്ഥന് കർമ്മമില്ല പരിപ്രാജകസ് യുവ ഭിക്ഷാചരണാദവും ഭൂഭിക്ഷാദി പ്രവർത്തകർ ഇവരെയൊന്നും അങ്ങനെയാണെങ്കിൽ പരിപ്രാജകൻ ഇന്നും പ്രവൃത്തി ഉണ്ടല്ലോ ഭിക്ഷ വീണ്ടും അതുതന്നെ വരികയാണ് അത് ആഹാരമുണ്ട് ശരീരം നിലനിൽക്കണ്ടേ ഭിക്ഷ ചെയ്യുന്നത് പോലെ അഗ്നിഭവത്തിൽ എന്തുകൊണ്ടായിക്കൂടാ അത് നമ്മൾ സാധാരണ പറയാറുണ്ട് സന്യാസി സന്യാസിക്ക് എന്തായാലും ആഹാരം വേണം എന്തെങ്കിലും ജോലി ചെയ്തത് ആഹാരം സമ്പാദിച്ചുകൂടെ എന്ന് നമ്മൾ സാറിന് ചോദിക്കാറുണ്ടല്ലോ അതുപോലൊരു ചോദ്യമാണ് ആ ചോദ്യമാണ് അതിന് സമാനം പറയുന്നു അത് വേദവിധിയല്ല ഭിക്ഷക്ക് പ്രേരിപ്പിക്കുന്നത് മറിച്ചെന്താണ് ബുഭുക്ഷ വിശപ്പ് ആണ് അവിടെ പ്രവർത്തകമായിരിക്കുന്നത് അത് സഹജമാണ് ധർമ്മവിരോധിയായ കാര്യമല്ല സഹജമായ അങ്ങനെയൊരു വിശപ്പ് വരുമ്പോൾ അയാളെ ശിക്ഷ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം അവിടെ വൃത്തിക്കാറണം കർമ്മം ചെയ്യണം പുരോഹിതനാകണം ആ പൗരോഹിത്യത്തെ നിഷരിക്കും ആഹാരത്തിന് വേണ്ടി പൗരോഹിത്യം പാടില്ല ഇത് ആ വൈദിക കാലത്തിൽ ചിന്തിച്ചാലേ നമുക്കത് ശരിക്കും മനസ്സിലാകത്തുള്ളൂ ഇന്നത്തെ കാലത്ത് ഈ പറയുന്നതിനൊന്നും പ്രസക്തി ശമ്പരാചാരുടെ മനസ്സിൽ മുഴുവൻ ആ വൈദിക കാലമാണ് അവിടെ അഗ്നിഹോത്രം വൈദ്യമാണ് വേദം വിധിച്ചതുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലാതെ വിശപ്പ് വന്ന് ഭക്ഷണം യാജിക്കുന്നതുപോലല്ല അതുകൊണ്ട് രണ്ടും രണ്ടാണ് പരിപ്രാജകന് വിധേയമായ ഒരു കർമ്മവും പരിപ്രാജകനെന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ജ്ഞാനിയായ പരിവരാജൻ അജ്ഞാനിയായതുകൊണ്ട് തന്നെ മുക്തനായി അതുകൊണ്ട് ഒരു വിധിയും അയാൾക്ക് ബാധിക്കും ഇനി വേറെന്ന് പറയുന്നു പരിപ്രാചക സന്യാസിയെ കുറിച്ച് എന്ന് പറഞ്ഞാൽ പരിപ്രാചക സന്യാസധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നു അയാളെയും പരിപ്രാചകനെന്ന് പറയും അയാൾക്ക് ധർമ്മം അനുഷ്ഠിക്കുന്നു അവിടെ സന്യാസധർമ്മത്തെ അനുഷ്ഠിക്കുന്നുള്ള തപസ് തുണിയും കാര്യങ്ങൾ എന്തൊക്കെയാണോ ആവശ്യമായി വരുന്നത് എന്തൊക്കെ തന്നെ ശ്രദ്ധിക്കും ജ്ഞാനപ്രാപ്തിക്കും വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ അനുഷ്ഠിക്കാം അത് അതാണ് നമ്മൾ ഗീതയിൽ ചർച്ച ചെയ്തോ പറഞ്ഞത് ഇന്നത്തെ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മയോഗമാണ് നമ്മൾ അവിടെ ചർച്ച ചെയ്തത് അല്ലാതെ ശങ്കരാചാര്യർ പറയുന്നത് പരിഭ്രജനമല്ല കാരണം ആ പരിഭ്രജനത്തിൽ ഭിക്ഷാടനം മാത്രമേ പാടുള്ളൂ അപ്പൊ അത് സാധ്യമല്ല ആ മാറി അതിനപ്പുറം ശങ്കരാചാര്യർ പറഞ്ഞിട്ടുമില്ല ശങ്കരാചാര്യർക്ക് ഇങ്ങനെ കാലം വരുമെന്നുള്ള ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു അതായത് ഭിക്ഷാടനം എടുക്കാതെ ഭിക്ഷാടനം കൂടാതെ സന്യാസിമാർ ജീവിക്കേണ്ടി എന്നൊരു കാഴ്ചപ്പാടില്ല പല കാര്യങ്ങളിലും ദീർഘവീക്ഷണവും ഇല്ലാത്തതുപോലെ ഉണ്ടായിരുന്നു സന്യാസിയെ സംബന്ധിച്ച് ഭിക്ഷ തന്നെ രണ്ടാമതെന്ന് ശങ്കരായിട്ട് പറയുന്നു പരപ്രാജകനെന്ന് വെച്ചാൽ ഭിക്ഷ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബുഭിക്ഷ അതുകൊണ്ട് പ്രവർത്തിച്ചാണ് പക്ഷെ നാളെ ഒരു കാലം വരും നടക്കാതെ വരും അങ്ങനെ കാലത്താണ് ഇന്നത്തെ സന്യാസി അപ്പോ ഇന്ന് ഭിക്ഷന്നൂരുന്ന എന്താ അങ്ങനൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുക അതേ ഉള്ളൂ മനുഷ്യൻ അപ്പം അത് പാടുണ്ടോ കർമ്മത്തെ നിഷേധിച്ചിരിക്കുകയല്ലേ ഇവിടെയാണ് ഇന്നത്തെ സ്വാമിമാർക്ക് വരുന്ന ആശയക്കുഴപ്പം കർമ്മത്തെ എത്ര കേട്ടാലും തലയ്ക്ക് പിടിക്കാത്തൊരു കാര്യം ഇതാണ് ശങ്കടായെന്ന് പറഞ്ഞിട്ടുണ്ട് കർമ്മത്യാഗം കർമ്മത്യാഗം അതുകൊണ്ട് കർമ്മം ഉപേക്ഷിക്കണം കഴിവറയുന്നത് എന്താണ് ഞാൻ കർമ്മത്തെ ഉപേക്ഷിച്ചിരിക്കുകയല്ല കർമ്മമൊക്കെ എന്നിൽ നിന്ന് ഒഴിഞ്ഞു എങ്ങനെ ഒഴിഞ്ഞ് സ്വാമിയുടെ പ്രഭാഷണം കേട്ടതും എന്താ പ്രഭാഷണം കർമ്മത്തെ ധരിക്കണം കർമ്മത്തെ ഉപേക്ഷിക്കണം കർമ്മത്യാഗമാണ് ഭിക്ഷ മാത്രമേ ഉള്ളൂ സന്യാസി അതുകൊണ്ട് കർമ്മത്തെ ഉപേക്ഷിക്കണം കർമ്മം ചെയ്യാൻ പാടില്ല ദോഷമാണ് സന്യാസി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ കാരണം ഈ ത്യാഗത്തെ കുറിച്ച് ഇങ്ങനെ അവർച്ച് അവർച്ച് പറയുന്നത് കൊണ്ട് വരുന്ന ഒരു ഭ്രമമാണ് അപ്പൊ ഇന്നത്തെ സന്യാസിമാരെ സംബന്ധികളും പരിപാലനം എന്ന് പറയുന്ന ഒരു ഭ്രമമാണ് ഭിക്ഷാടനം പരിപ്രചനം ഇതൊക്കെ ക്രമമാണ് നേരത്തെ പറഞ്ഞപോലെ അത് പ്രാമാണി ചിന്തയിൽ നിന്നുണ്ടായതല്ല ഇന്ന് സന്യാസത്തിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ പണിയെടുക്കണം എവിടെ ആയാലും ശരി പണിയെടുത്തേ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ അത് ശങ്കരാചാര്യർ പറഞ്ഞതിന് എതിരാകുമോ ഇല്ല എതിരാകത്തില്ല എന്തുകൊണ്ട് ഇവിടെ ശങ്കരാചാര്യർ പ്രത്യേകം പറയുന്നുണ്ട് അഗ്നിഹോത്രാദികൾ ഉപേക്ഷിക്കണമെന്നുള്ളത് വൈധമാണ് വേദം വിധിച്ചത് വേദം വിധിച്ചത് അതുകൊണ്ടാണ് പറഞ്ഞത് ഗ്രഹസ്ഥന് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധ്യമല്ല അവൻ ജ്ഞാനം പ്രാപിക്കുന്നു കാരണം ഭേദപ്പെടുത്തിയെന്ന കർമ്മങ്ങൾ ജനങ്ങൾക്കത്തില്ല പക്ഷെ എന്നാലും ഭിക്ഷാടനമാകാന്ന് പറയുന്നു അതിനെന്താക്കി പറഞ്ഞത് വേദവീതമല്ല ഭിക്ഷാടനം അതുപോലെ ആഹാരത്തിന് വേണ്ടി ചെന്ന ലൗകികമായ കർമ്മങ്ങൾ അത് വേദവിഹിതമല്ല അപ്പം സന്യാസിക്ക് അത് ചെയ്യാം അങ്ങനെ ചെയ്യുന്നുണ്ട് ദോഷം അപ്പം സന്യാസമാകാൻ വേണ്ടിയിട്ട് ആരും ജോലി രാജിവെക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് പലർക്കും അബദ്ധമായി പോയല്ലോ എന്ന് വിചാരിക്കും കാരണം അതൊന്നും വേദവിഹിതമല്ല വേദവിഹിതമല്ലാത്ത കർമ്മം ചെയ്യാമെന്നാണ് പറയുന്നത് പക്ഷെ അത് ധർമ്മത്തിന് വിരുദ്ധമാകരുത് അപ്പോൾ അതിന് എന്താണ് പറയുന്നത് ബുഭുക്ഷ പ്രേരിപ്പിക്കുന്ന എന്താണ് ബുഭുക്ഷ വിശപ്പ് പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം വേണ്ട ഭക്ഷാടനം പാടില്ല കാലം മാറി അപ്പോൾ പിന്നെ ഭക്ഷണത്തിന് വേണ്ടി ജോലി ചെയ്യാം അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ആ ജോലി പരോപകാരമായാലും പരോപകാരാർത്ഥമായ അത് ആ പ്രവൃത്തി കൂടി ആത്മശുദ്ധിക്ക് വേണ്ടി വിവേകപൂർവമായി കഴിഞ്ഞാൽ അത് കർമ്മയോഗമായി അപ്പോൾ സന്യാസി എന്ന് പറയുന്നത് ഇന്ന് കർമ്മയോഗിയാണ് ഇന്നത്തെ കാലത്ത് ശങ്കരാചാര്യരുടെ പച്ചപ്പാടനുസരിച്ചാൽ ശങ്കരാചാര്യർ കർമ്മയോഗം പറഞ്ഞിരിക്കുന്ന ഗ്രഹസ്ഥനാണ് ഗൃഹസ്ഥനെയും കർമ്മയോഗി സന്യാസിയല്ല എന്തുകൊണ്ട് സന്യാസിന്ന് വെച്ചാൽ പരിപ്രജനം ഭിക്ഷാടനം ഇത്രേ ഉള്ളൂ പിന്നെ അവിടെ കർമ്മത്തിൻ്റെ പ്രസക്തിയില്ല അവിടെ ഒരു കർമ്മം ഉണ്ടെന്ന് പറഞ്ഞാൽ ഭിക്ഷ വാങ്ങുവാണ് അത്രയേ ഉള്ളൂ പക്ഷേ അത് മാറിക്കൂ ഭിക്ഷാടനത്തെ എന്തുകൊണ്ട് ശങ്കരുകാരും നിഷേധിച്ചില്ല അത് വൈദ്യമല്ല ആകാം വിരിക്കാത്താണ് അങ്ങനെയാണെങ്കിൽ അന്നത്തിനു വേണ്ടി ചെയ്യുന്ന ധാർമ്മികമായ ഏത് പ്രവൃത്തി അതാകാം ദോഷമില്ല അതുകൊണ്ട് ജോലി സന്യാസത്തിന് കേടുന്നു സംഭവിക്കത്തില്ല അത് ലോകത്തിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായി അതുകൊണ്ട് ഇന്നത്തെ പരിപ്രചനം എന്ന് പറയുന്നത് സന്യാസിയുടെ പരിപ്രജനം എന്ന് പറയുന്നത് കർമ്മയോഗമാണ് കാലം മാറിയുന്നു അത് നമ്മൾ ഗീതയിൽ അത് ചർച്ച ചെയ്തതാണ് പക്ഷെ പലരും അദ്വൈതമൊക്കെ പഠിച്ചിട്ടുള്ള പലരും ചോദ്യം ചെയ്തിട്ടുണ്ട് അതെന്താ അങ്ങനെ പറയാൻ കാരണം വേദാന്തം അങ്ങനെ പഠിക്കുന്നവരുണ്ട് മുന്നും പിന്നും നോക്കാതെ പഠിക്കുന്നവരുമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആശയവും അവരുടെ ജീവിതത്തിൽ പൊരുത്തപ്പെടുത്താൻ പറ്റത്തില്ല ഇന്നത്തെ സന്യാസത്തിൽ വരുന്ന ഒരു വലിയ തകരാറും അതാണ് ഒന്നുകിൽ അവരെന്തെയും സന്യാസം കർമ്മം ധരിക്കാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു പരിപ്രജനം എന്നുള്ള പേരിൽ അന്നം വസ്ത്രം ഒക്കെ അന്വേഷിച്ച് നടക്കും അതിനുവേണ്ടിയിട്ട് എവിടെ അന്നം കിട്ടും ഇവിടെ ഷൾട്ടർ കിട്ടും ഇവിടെ ഭക്ഷണം വസ്ത്രം കിട്ടും ഇതന്വേഷിച്ച് കിടക്കും എന്നിട്ട് കുറേ പരിപ്രജമുള്ളൂ അത് ഒരു സ്ഥലത്തുനിന്നും കിട്ടത്തില്ല അപ്പോൾ സഞ്ചരിച്ചുകൊണ്ടേ അത് സന്യാസത്തെ കുറിച്ചുള്ള ഒരു മിഥ്യാഭിമാനമാണ് വേറെ കൂട്ടർ എങ്ങനെയല്ല ശേഷിയൊക്കെ ഉള്ളവർ ആശ്രമങ്ങളിൽ നല്ല സുഖസമൃദ്ധമായ നല്ല ചപ്പാടൊക്കെ അടിച്ച് കുറച്ചുകൂടി നല്ല സ്റ്റാൻഡേർഡ് സന്യാസം അങ്ങനെ വേറൊരു കൂട്ടർ അവർക്ക് അന്ന വസ്ത്രാദികൾക്കൊന്നും മുട്ടില്ല ഡൊണേഷനുണ്ട് പിന്നെ അതിൻ്റെ ഒന്നും മുട്ട് വരത്തില്ല ഭിക്ഷയ്ക്ക് വേറെ ഡൊണേഷൻ അപ്പോൾ സുഖജീവിതം ഇതാണ് സന്യാസത്തിന് വന്നിട്ടുള്ള രണ്ടപചയം ഇത് രണ്ടുമല്ല ഇവിടെ പറഞ്ഞു പക്ഷുകാരൻ പറഞ്ഞിരിക്കുന്നത് പരിഭ്രജനം പിന്നെ പക്ഷികാരൻ നേരിട്ട് പറഞ്ഞു ആശ്രമധർമ്മം ആശ്രമ സന്യാസം അങ്ങനെ ഒന്നിനെ അവിടെയും ഈ സുഖജീവിതമല്ല ബോൺവിറ്റ സന്യാസമല്ല അവിടെയും പറയുന്നത് എന്താണോ തപസ് സന്യാസി ആശ്രമ സന്യാസമാണെങ്കിൽ അവിടെ തപസ്സ പറയുന്നു നേരത്തെ പറഞ്ഞിട്ട് തപസ്സി പരിപ്രാജികം രണ്ടായിട്ട് തിരിച്ചു അപ്പം ആശ്രമ സന്യാസം ഒന്നുമില്ല അവിടെ തപസ്സാണ് എന്നുവെച്ചാൽ പിന്നെ അതെന്തുകൊണ്ട് അങ്ങനെ ഒന്ന് വന്നു അതെന്നുംണ്ടായിരുന്നു എന്നും ഉണ്ടായിരുന്നു അല്ലൊരു മോക്ഷത്തെക്കുറിച്ച് അറിവുണ്ടായി ജിജ്ഞാസയുണ്ടായി സന്യാസത്തിലൊക്കെ വാസനയുണ്ട് ജിജ്ഞാസയുണ്ട് പക്ഷെ ഇവിടെ പറയുന്ന രീതിയിൽ ശ്രവണ മലണങ്ങളിലൊന്നും മനസ്സുറയ്ക്കത്തില്ല തത്വജ്ഞാനം ഉണ്ടാകത്തില്ല മനസ്സിന് വിക്ഷേപവും മറ്റുമുണ്ട് ഒരുപാട് ജിജ്ഞാസയുണ്ട് താല്പര്യമുണ്ട് അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ അതുകൊണ്ട് കാര്യമില്ല യോഗ്യതയില്ലെങ്കിൽ പറ്റത്തില്ല പട്ടാളത്തിൽ ചേരണം എന്ന് ആഗ്രഹിക്കാം പക്ഷേ പക്കം ഇല്ലെങ്കിൽ എന്തു ചെയ്യും പറ്റത്തില്ല അതുപോലെ ആഗ്രഹം കൊണ്ട് മാത്രം കാര്യം നടക്കത്തില്ല അപ്പോൾ ആഗ്രഹമുണ്ട് സന്യാസത്തിനോട് അത് പൂർവ്വവാസനമുണ്ട് പക്ഷേ അതിനുള്ള പക്വതയില്ല അങ്ങനെ വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആശ്രമ സന്യാസം അപ്പോൾ അവിടെ അന്ധക്കണ്ണശക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ ലോകസേവനവും അതെല്ലാം വേറെ വഴിയില്ല അത് ചെയ്യുന്നതിന് തെറ്റില്ല ആ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല തപസ്സുമാകാം ഏതാണോ ഓരോരുത്തർക്കും യോജിച്ചത് യോഗമോ ഭക്തിയോ കർമ്മമോ എന്ത് വേണോ അതോ അതിനാണ് ഭാഷകാലം പറയുന്ന ആശ്രമ സന്യാസം അവിടെ ഇതെല്ലാം ആകാം തപസ്സിന്ന് പറഞ്ഞു തപസ്സുമാകാം അത് ഓരോരുത്തർക്ക് ഏതിനാടാണോ വാസനകൾ അതനുസരിച്ച് അതാണ് ഇന്നത്തെ ആശ്രമസന്യാസം മുമ്പ് ആശ്രമസന്യാസത്തിൽ പ്രാധാന്യം തപസ്സിനാൽ മറ്റുള്ള കാര്യങ്ങൾക്കല്ല ഇന്ന ആശ്രമ സന്യാസത്തിൽ പ്രാധാന്യം കർമ്മത്തിനാണ് തപസിന്റെ പ്രാധാന്യം പല കാലഭേദം കൊണ്ട് തന്നെ ഇന്ന് തപസ്സൊക്കെ അസാധ്യമായി തീർന്നു കാരണം കൃത്രി ചന്ദ്രായണം തുടങ്ങിയ വ്രതങ്ങളൊന്നും ഇന്നത്തെ സ്വാമിമാർക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഡയബറ്റിക്സ് ഉണ്ടെങ്കിൽ അത് പറ്റത്തില്ല കുഴപ്പമായി പോവും ആശുപത്രിയിൽ അഡ്മിറ്റാകും പണ്ടങ്ങനല്ല അതുകൊണ്ട് അന്തരീക്ഷമൊക്കെ നല്ലതായിരുന്നു പ്രകൃതി നല്ലതായിരുന്നു തപസൊക്കെ ചെയ്യാം എന്നാ അതും പറ്റത്തില്ല അപ്പോൾ കർമ്മമേ പറ്റും ഇന്നത്തെ ചുറ്റുപാടും അത് സത്കർമ്മം ലോകസേവ അതിന്ന് സന്യാസി ചെയ്യാൻ പറ്റും അല്ലാതെ ഈ പറയുന്ന ഒന്നും സാധ്യമേ അല്ല ഭിക്ഷ ശരീരം നിലനിർത്തണമെങ്കിൽ അത് ചെയ്തേ പറ്റൂ അതുകൊണ്ടിന്ന് കർമ്മം ഒഴിഞ്ഞുപോയി കർമ്മം ഇല്ല എന്ന് പറയുന്നതിന് യാതൊരു യുക്തിയുമില്ല അങ്ങനെ ഒന്നും സാധ്യമേ അല്ല അങ്ങനെ പറയുന്നെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തോ പെരിങ്കുറയ്ക്കണം സാധ്യമല്ല അത് കാലം കൊണ്ടുവന്ന വ്യത്യാസം ഈ വ്യത്യാസം മനസ്സിലാക്കി അംഗീകരിച്ച് പോയതേ പറ്റൂ ഇത് മനസ്സിലാക്കാതെ ഭാഷ്യത്തെ പഠിച്ചിട്ട് കാലം വന്ന ഈ വ്യത്യാസം മനസ്സിലാക്കാൻ പലരിച്ച് വന്നിരിക്കുന്നത് സന്യാസിക്ക് എന്താ കർമ്മം ശങ്കരാചാര്യത് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത് അവരൊരു കാര്യം മനസ്സിലാ മറന്നു പോകുന്നു എന്താണ് ശങ്കരാചാര്യർ സന്യാസിക്ക് ഭിക്ഷ പറഞ്ഞിട്ടുണ്ട് അതാകാന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു കർമ്മമാണോ എന്തിനു വേണ്ടിയുള്ള കർമ്മം അന്നത്തിനു വേണ്ടിയുള്ള കർമ്മം അപ്പോൾ അങ്ങനെ അന്നത്തിന് വേണ്ടിയുള്ള കർമ്മമാകാം അത് എന്തു ചെയ്യുന്നു ആശ്രമ സന്യാസത്തെ സ്വീകരിച്ചിരിക്കുമ്പോൾ ഇവിടെ പറയുന്ന ശ്രവണ മലനങ്ങൾക്കൊന്നും അയാൾക്ക് യോഗ്യതയില്ല എന്നു കണ്ട ജിജ്ഞാസുണ്ട് സ്വീകരിച്ച് യോഗ്യതയില്ല അപ്പോൾ ആ യോഗ്യതയ്ക്ക് വേണ്ടി കർമ്മത്തെ യോഗാത്മകമായി ചെയ്യാം അല്ലെങ്കിൽ തപസ് ചെയ്യാം അല്ല ഇന്ന് യോഗ്യത ഉള്ളവരാണ് ശ്രവണ മലനങ്ങളിലെല്ലാം എല്ലാ പറയുന്നത് യോഗ്യതയുണ്ട് ശ്രവണ മലനങ്ങളിലെല്ലാം മനസ്സ് നിൽക്കുന്നുണ്ട് തത്വവിജ്ഞാനം ഉണ്ടാവുന്നു ശരി അന്നം എങ്ങനെ കിട്ടും അതാണ് അടുത്ത ചോദ്യം അന്നത്തിന് വേണ്ടി എന്നാലും പ്രവർത്തിച്ചേ പറ്റൂ ഭിക്ഷാടനം എന്തായാലും പറ്റത്തില്ലന്ന ഭക്ഷ കർമ്മത്തിൽ നിന്നും ഒഴിയാൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല തത്വവിജ്ഞാനിയാണെങ്കിൽ കൂടിയും ശരി ഭിക്ഷാടന സാധ്യമില്ലാത്തതുകൊണ്ട് ഭക്ഷണത്തിന് വേണ്ടി കർമ്മം ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ആശ്രമധർമ്മത്തിൽ വരുന്നുകൊണ്ട് എന്താണോ ഉപാസനകളോ എന്താണോ അത് ചെയ്യുക ഭക്ഷണം എന്ന് പറയുന്ന വിഷയം കർമ്മം അതല്ല വേറെ വേണ്ടിയില്ല അത് ഭക്ഷ്യക്കാർ നിഷേധിച്ചിട്ടില്ല എന്തുകൊണ്ട് ഇന്ന് ലൗകിക കർമ്മങ്ങളാണ് അത് വൈധമല്ല വേദം വിരിച്ചിട്ടുള്ളതല്ല അധർമ്മമാണോ ആകാതിരിക്കാൻ മാത്രം നോക്കിയാണ് അതുകൊണ്ട് വൈദിക കർമ്മങ്ങളുടെ മാത്രം മുഖ്യമായിട്ട് കർമ്മമായി സ്വീകരിച്ചിരുന്ന ഭാഷകാരൻ മറ്റു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തില്ലെന്നേ ഉള്ളൂ ഭിക്ഷയല്ലാതെ ഭക്ഷണത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തില്ല അത് ആ കാലവ്യത്യാസം ആ കാലവ്യത്യാസത്തിന് അപ്പുറം ചിന്തിക്കണമെങ്കിൽ അത്രയും വലിയ ദീർഘദൃശിയായിരിക്കും അത് ശങ്കരാചാര്യർക്ക് കുറവായിരുന്നു അതിന്റെ തകരാറുകളും ഒരുപാട് വന്നു ഇഹാബി അക്കറിനെ കൃത്യമായ ഭയം പ്രവർത്തകമിത് വീണ്ടും വൈദികനായ ഗ്രഹസ്ഥനെ കുറിച്ച് പറയുകയാണ് വൈദികനായ ഗ്രഹസ്ഥൻ തത്വാനുണ്ടായി ഉപനിഷത്ത് ശ്രമിച്ച തത്വാനുണ്ടായി ഗാർഹസ്ഥത്തിൽ ഇരുന്ന് തന്നെ കർമ്മയോഗം ചെയ്ത് മനഃശുദ്ധി ഉണ്ടായി ഉപനിഷത്ത് ശ്രമിച്ചപ്പോ തത്വാനുണ്ടായി പറഞ്ഞല്ലേ കർമ്മം ആ കർമ്മത്തോട് ചേർന്ന് ഉപാസന അത് തന്നെ നിഷ്കാമമായി ചെയ്ത് കഴിഞ്ഞാൽ അത് അയാൾക്ക് ചിത്തശുദ്ധി ഉണ്ടാകുമല്ല നേരത്തെ പറഞ്ഞു അതുകൊണ്ട് അന്നും ആ വൈദ്യ കാലത്ത് ഒരുപക്ഷെ ചിത്തശുദ്ധിയൊക്കെ വളരെ എളുപ്പമായിരിക്കും എളുപ്പമാകാനും വഴിയുള്ളൂ കാരണം മൊബൈൽ ഫോണില്ലാതിരുന്നാൽ ചിത്തശുദ്ധി എളുപ്പത്തിൽ ഉണ്ടാവും മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഇതൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നു അങ്ങനെ ഞാനും ഉണ്ടായയാൾ ആ ജീവിതം ജീവിതാന്തം വരെ അഗ്നിഹോത്രം ചെയ്യണമെന്ന് വിരിച്ചിരിക്കുകയാണ് വേദം യജ്ജീവം അഗ്നിഹോത്രം വേദം പറഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം വേദത്തിലുള്ള ഭക്തി എല്ലാം ചെയ്യുന്നത് ഗ്രഹസ്ഥനായതും ബ്രഹ്മചാരിയായതും സന്യസിച്ചതും തത്വജ്ഞാനം എല്ലാം വേദത്തിന് പ്രമാണത്തെ അടിസ്ഥാനമാക്കിയാണ് അതേ വേദം പറഞ്ഞിരിക്കുന്നു യാവ്ജീവം മരണം വരെ ഇതുപേക്ഷിക്കരുത് നിത്യകർമ്മത്തെ ശരി വേദത്തെ അനുസരിച്ചില്ലെങ്കിലും ഉള്ളിൽ ഭയം വരും കൃത്യമായ ഭയം അതുകൊണ്ട് പാപമുണ്ടായാലോ വൈദികൻ്റെ ജീവിതം പ്രധാനമായിട്ടും പാപ പുണ്യത്തിൻ്റെ എല്ലാ അധിഷ്ഠിതമാണ് അതുകൊണ്ടാണ് അയാൾക്ക് ധാർമ്മികനാകാൻ പറ്റുന്നത് അതന്ന വേദത്തിൻ്റെ ഒരു ഗുണം അതാണ് ആ പാപ പുണ്യ ചിന്തയിൽ മനുഷ്യനോട് നടത്തുന്നു അപ്പം പാപത്തെ ഭയന്ന് അവൻ ധാർമ്മികനാവും ഇന്ന് മനുഷ്യൻ അധർമ്മിയാവുന്നൊണ്ടാണ് പാപഭയമില്ല ആ പാപഭയത്തെ ബോധിപ്പിക്കുന്ന ശാസ്ത്രമൊന്നും ഇന്നില്ല അന്നങ്ങനെ അപ്പോ ചിന്തിക്കാം പാപം ഉണ്ടായാലോ ധാവി അകരണി പ്രത്യമായ ഭയം പ്രവർത്തകം അതുകൊണ്ട് വീണ്ടും കർമ്മം ചെയ്യും എന്ന് പറഞ്ഞാൽ നരിയല്ലെങ്കിൽ ചിന്തിക്കാതെ പറയുന്നുണ്ട് ആരെ കുറിച്ചാണ് പറയുന്നത് പരിഭ്രാജനം കുറിച്ചാണെങ്കിൽ അത് ശരിയല്ല ഭേദപ്രതികതോ അധികൃതത്വ ഇതെല്ലാം മുമ്പാണ് അയാൾ കർമ്മയോഗം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു അത് ഭേദജ്ഞാനം ഉണ്ടായിരുന്നു ഭർത്താവ് കർമ്മം കരണം തുടങ്ങിയ ജ്ഞാനം ഉണ്ടായിരുന്നു അയാൾ കർമ്മത്തിനധിക ഇതങ്ങനെയല്ല ചിത്രശുദ്ധി വന്നു തത്വജ്ഞാനമുണ്ടായി ഇനി അയാൾക്ക് പ്രവർത്തകമൊന്നുമില്ല വേദം പ്രവർത്തകമല്ല വേദത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല അതിനെ സംബന്ധിച്ച് കർമ്മത്യാഗമ്യുണ്ട് ഭേദ പ്രത്യവാൻ അനുപമർദ്ദിത ഭേദബുദ്ധി വിദ്യയാണ് യാ സ കർമ്മ ന്യധികൃത ഐത്യ ബോധിച്ചാ ഭേദ പ്രത്യേകമാണ് ഭേദ ഞാനുള്ളവൻ അനുപമർദ്ദിത ഭേദബുദ്ധി ഭേദബുദ്ധിയൊന്നും പോയിട്ടില്ല ഭേദബുദ്ധി എന്ന് പറയുന്ന ഇതാണ് ഭർത്താവ് കർമ്മം ഫലം തുടങ്ങിയെ കുറിച്ചുള്ള ഞാൻ വിദ്യയാ വിദ്യയുണ്ടെന്ന് നശിച്ചില്ല അനുപമർദ്ദിതം സ കർമ്മണിനെ അധികൃത അവൻ കർമ്മത്തിന് അധികാരിയാണ് അതാണ് ഗ്രഹസ്ഥൻ കർമ്മയോഗി ആയാലിശ യോഗി അധികൃത കർമ്മണി തസ്യ തത് അകറി പ്രതിവായു ആരാണോ കർമ്മത്തിന് അധികാരിയായിരിക്കുന്ന ഗൃഹസ്ഥൻ തസ്യത്ത തകർന്നേ പ്രതിവായു അവൻ അത് പാപമുണ്ട് അങ്ങനെയുണ്ട് ഗാർഹസ്ത്യത്തിന് അധികാരിയായവൻ അതുകൊണ്ട് തന്നെ ചോദിക്കല്ലോ ഗൃഹസ്ഥാത്രം ഉപേക്ഷിച്ചാൽ പാപവിന്റെ ഭാര്യ മക്കളെയൊക്കെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പാപവിന്റെ അവനങ്ങനെ പാപ പുണ്യപാപ ചിന്തയുള്ളവനാണെങ്കിൽ തീർച്ചയായും പാപമുണ്ട് താൻ ഇതിനധികാരിയാണെന്ന് കരുതുന്നവനാണെങ്കിൽ പാപമുണ്ട് അവൻ ഉപേക്ഷിക്കാൻ പോലും മറിച്ച് നിവർത്താധികാരസ്യ അധികാരം ഇല്ലാത്തവനാണെങ്കിലോ പാപമില്ലാ അധികാരം ഇങ്ങനെ ഇല്ലാതാകും തത്വജ്ഞാനമുണ്ട് അല്ലാതെ ഇല്ലാതാകു എന്തൊക്കെ തന്നെ ശുദ്ധി വന്നു വേദാന്ത ശ്രവണത്തിലൂടെ തത്വജ്ഞാനം വന്നവൻ നിവർത്താധികാരിയായി മറിച്ചാണെങ്കിൽ പാപമുണ്ട് എങ്ങനെ ഗ്രഹസ്ഥ ശിവ ബ്രഹ്മചാരണോ വിശേഷധർമ്മ അനുഷ്ഠാനം ഗൃഹസ്ഥൻ എങ്ങനെയാണോ ദോഷം വരുന്നത് ബ്രഹ്മചാരിക്കും വരും ദോഷം ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ ആണ് ഞങ്ങളെക്കുറിച്ച് പറയണം തിരിച്ചു കളിയു ഇത് പറയുന്നത് വൈദികകാലത്തെ ബ്രഹ്മചാരി ബാല്യത്തിൽ തന്നെ ഉപനയനം ചെയ്ത് ഗുരുകുലത്തെ താമസിച്ച് വേദാധ്യയനം ചെയ്യുന്നു ബ്രഹ്മചാരി അപ്പം അവിടെ ബ്രഹ്മചാരിക്ക് അനുഷ്ഠി അനുഷ്ഠിക്കേണ്ട അനുഷ്ഠാനങ്ങൾ ഉണ്ട് വിശേഷധർമ്മ അനനുഷ്ഠാനെ അതനുഷ്ഠിക്കാതിരുന്നുകഴിഞ്ഞാൽ അവിടെ പാപ ഗ്രഹസ്ഥൻ ഗാർഹസ്ഥയെ സ്വീകരിച്ച് അവിടെ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളുണ്ട് അതനുഷ്ഠിക്കാതിരുന്ന അവിടെ പാപം പാപചിന്തകനും എന്തുകൊണ്ട് അവിടെ ബ്രഹ്മചാരിയുടെ കർമ്മവും ഗൃഹസ്ഥൻ്റെ കർമ്മവും വൈധമാണ് വേദവിധമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിത് നമ്മളാണെന്ന് ധരിക്കരുത് എന്തുകൊണ്ട് ഇന്നത്തെ ബ്രഹ്മചാരിയുടെ മുമ്പിലോ ഇന്നത്തെ ഗൃഹസ്ഥൻ്റെ മുമ്പിലോ വൈധമായ കർമ്മങ്ങളില്ല ലൗകിക കർമ്മങ്ങളും വേദം വിധിച്ച കർമ്മങ്ങളൊന്നുമില്ല ഇന്നത്തെ ഗൃഹസ്ഥനും വേദം പഠിക്കുന്നവരല്ല വേദം പഠിച്ചിട്ട് വേദവിധിയനുസരിച്ച് ജീവിക്കുന്നവരല്ല അവർ സന്മാർഗത്ത് ജീവിക്കുന്നവരായിരിക്കും സദാചാരനിഷ്ഠന്മാരായിരിക്കും പക്ഷെ അതൊന്നും വൈധമല്ല വേദനിർദ്ദേശിച്ചനുസരിച്ചുകൊണ്ടല്ലോ ലൗകികമായ ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ ലൗകികമായ സദ്ബുദ്ധിയുണ്ട് ലൗകികമായ ധർമ്മബുദ്ധി കൊണ്ട് അവർ ധർമ്മനിഷ്ഠന്മാരായിരിക്കും അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ലൗകികമായ കർമ്മങ്ങളാണ് ആ ലൗകികമായ കർമ്മങ്ങൾ വിധിച്ച കർമ്മങ്ങൾ ഉപേക്ഷിച്ചാൽ വരുന്ന പാപഫലം ലൗകിക കർമ്മങ്ങൾക്കില്ല ലൗകിക കർമ്മങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ വരുന്ന വേറെ ദോഷങ്ങളാണ് ആലസ്യം തമസ് നിദ്ര തുടങ്ങിയ ദോഷങ്ങളാണ് വരുന്നത് പാപഫലമല്ല നിത്യകർമ്മം ഉപേക്ഷിച്ചാൽ പാപമാകുന്നു ഇതങ്ങനെയല്ല അതുകൊണ്ട് അവിടെയും ഇന്നത്തെ കുറിച്ചല്ല പറയുന്നു ബ്രഹ്മചാരികൾക്ക് പ്രത്യവായം ഉണ്ടാകും ഗ്രഹസ്ഥന് സംഭവിക്കുന്നത് പോലെ തന്നെ വിധിച്ച കർമ്മങ്ങൾ ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ വിശേഷധർമ്മ അനുഷ്ഠാനം മടച്ച് ബ്രഹ്മചാരി ഗ്രഹസ്ഥനോ ഉപ്പന്യേകത്വപ്പെടുത്തി ഏകത്ത് പ്രത്യേകം വന്നവനാണെങ്കിൽ അവന് വിഹിതമായ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് പാപം വരുന്നില്ല ലൗകികർ എന്താണ് വേദത്തിൽ പറയുന്നത് എന്താണ് യാഗാതിരേ ധർമ്മം വൈദികമായ ധർമ്മബോധം വേറെ ലൗകികമായ ധർമ്മബോധം വേറെ രണ്ടും രണ്ടാണ് വേദത്തിൽ പറയുന്നത് യാഗമാണ് ധർമ്മം എന്നാണ് അതാണന്ന് ധർമ്മവുമായി കണക്കാക്കിയിരിക്കുന്നത് യാഗം ചെയ്യാതിരുന്നാൽ അധർമ്മീയായി ലൗകികമായ ധർമ്മബോധം അതല്ല പരനെ ഉപദ്രവിക്കാതിരിക്കുകയോ ഉപദ്രവിക്കുന്ന ധർമ്മവും ഉപദ്രവിക്കാതിരിക്കുക ഈ രീതിയിലാണ് നമ്മുടെ ധർമ്മബോധം അപ്പം രണ്ടും രണ്ടാണ് ൗകികമായ ധർമ്മബോധമനുസരിച്ചുള്ള കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ ഗൃഹസ്ഥനും ബ്രഹ്മചാരി അനുഷ്ഠിക്കാനും വേദത്തെ നോക്കേണ്ട കാര്യമില്ല ലോകനീതിയെ നോക്കിയാൽ അത് ചെയ്യാം അത്തരം കർമ്മങ്ങൾ മനഃശുദ്ധിക്ക് വേണ്ടി ചെയ്യാം ആർക്കും ചെയ്യാം അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി ചെയ്യാം തത്വജ്ഞാനത്തിന് വിരുദ്ധമായി വരുന്ന കാര്യങ്ങളല്ല അത് പ്രത്യേകം മനസ്സിലാക്കണം എന്താണോ ഭേദപ്രത്യ അനനം അനു പറഞ്ഞു തത്വജ്ഞാനം ഭേദപ്രത്യത്തെ നശിപ്പിക്കുന്നു അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഭേദപ്രത്യം എന്ന് പറയുന്നത് എന്താണോ ഫലം തുടങ്ങിയ ഇതെല്ലാം വൈദിക കർമ്മത്തിലെ ആവശ്യമുള്ളൂ ലൗകിക കർമ്മങ്ങൾ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല ലൗകികമായൊരു കർമ്മം ചെയ്യുമ്പോൾ കർത്താവ് ആരാണ് എൻ്റെ കർണങ്ങൾ എന്താണ് ഫലം എന്താണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വിശേഷബോധത്തിൻ്റെ ആവശ്യമില്ല സാമാന്യ ബോധം കൊണ്ട് തന്നെ ചെയ്യാം തന്നെ പ്രത്യേകിച്ച് കർത്താവാണെന്ന് തിരിച്ചറിയുന്ന ആരും സാധാരണ കർമ്മം ചെയ്യുമ്പോൾ താൻ തിരിച്ചറിയുന്ന ഒരു പ്രശ്നമേ വരുന്നില്ല പക്ഷെ അങ്ങനെ തിരിച്ചറിയുന്നതിനാണ് ഭേദപ്രത്യം എന്ന് പറയുന്നത് ആ ഭേദപ്രത്യത്തെ അദ്വൈതജ്ഞാനം നിഷേധിക്കുന്നു അതുകൊണ്ട് ആ കർമ്മം നിൽക്കുന്നില്ല പക്ഷേ അത്ര ഒരു ഭേദപ്രത്യം ആവശ്യമില്ലാത്ത കർമ്മങ്ങളാണ് സാധാരണ കർമ്മങ്ങൾ ഞാൻ അത്തരത്തിലൊരു ഭേദപ്രത്യത്തിൻ്റെ ആവശ്യമേ ഇല്ല അവിടെ താൻ പാചകം ചെയ്യുമ്പോൾ ഞാൻ കർത്താവാണ് എന്ന് ചിന്തിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യം ഞാൻ ഭോക്താവാണ് അതെന്ന് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല അത് മറ്റെന്തെങ്കിലും പണിയെടുക്കുന്നു അതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ലൗകികമായ ഈ കർമ്മങ്ങളെ അത് ഭേദപ്രത്യത്തെ ആശ്രയിക്കാത്തതുകൊണ്ട് ആ കർമ്മങ്ങളുടെ നിഷേധം സംഭവിക്കുന്നുണ്ട് അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അണുഭാഷ്യക്കാരൻ എപ്പോഴും കർമ്മം കർമ്മവും ഒരു വൈദിക കർമ്മം എന്ന് തന്നെ പറയുന്നു വൈദിക കാലഘട്ടത്തിന് എല്ലാ കർമ്മങ്ങളും വേദബദ്ധമായിരുന്നു വേദവുമായി ബന്ധപ്പെടുത്തിയിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നുള്ള കർമ്മങ്ങൾ ഇന്നതല്ല സ്ഥിതി അതുകൊണ്ട് ഇന്നുള്ള കർമ്മങ്ങൾ സാധാരണ കർമ്മങ്ങൾ ഭിക്ഷാടനത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ സഹജമായി പ്രവർത്തിക്കുന്നു രാഗാദികളുണ്ടെന്ന് പ്രവർത്തിക്കുന്നു ഭേദം മനസ്സിലാക്കിയിട്ടില്ല ഇവിടെ പറയുന്ന ഭേദപ്രത്യത്തെ ആശ്രയിച്ചിട്ടില്ല അജ്ഞത കൊണ്ട് അല്ലെങ്കിൽ രാഗദ്വേഷങ്ങളോട് പ്രവർത്തിക്കുന്നു ആ കർമ്മങ്ങളെ കാരണമായിരിക്കുന്ന രാഗദ്വേഷങ്ങൾ അജ്ഞത ഇല്ലാതായിക്കഴിഞ്ഞാൽ ആ കർമ്മം തുടരാൻ അതിന് കർമാഭാസിക്കുന്നത് കർമ്മപ്രതീതി ശരിക്കും കർമ്മമല്ല തത്വജ്ഞാനിയുടെ ഭിക്ഷാടനം കർമ്മമല്ല എന്ന് പറയുന്നത് കർമാഭാസം വിധേയവുമല്ല ശരിക്കും കർമ്മവുമല്ല അതുപോലെ വൈദികമല്ലാത്ത കർമ്മങ്ങൾ കർമാഭാസമായി നിൽക്കും കർമ്മം പോലെ കർമ്മം പോലെ പ്രതീതമാകുന്ന കർമ്മമല്ല ഇവിടെ കർത്തൃത്വ ഭക്തൃത്വ ഭക്തി ഒന്നുമില്ല അതുകൊണ്ട് തത്വജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു കർമ്മം ബാധിതമായ കർമ്മം എന്ന് പറയും രണ്ടും രണ്ടാണ് ഏവം നിർ സർവ സ്വാശ്രമസ്ഥ ഉത്തൻ ഏകത്വ പ്രത്യേക പരിഭ്രാട് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം ഒരാളിനും കർമ്മത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം ശങ്കരാചാര്യരുടെ കൂട്ടുപിടിച്ചാലും നടക്കില്ല ഇനി അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ തിരിച്ചു പോകണം ശങ്കരാചാര്യരുടെ കാലത്ത് പോകണം തിരിച്ച് നടക്കണം അതിട്ട് നടക്കുന്ന കാര്യവും ഇല്ല അങ്ങനെയാണെങ്കിൽ സർവസ്വാശ്രമസ്ഥ ഉത്പന്ന ഏകത്വ പ്രത്യേക പരിപ്രാട്ടം വീണ്ടും ഇന്ന് സാധാരണ മുറി വേദാന്തികൾ പറയുന്നുകൾ ഏതാശ്രമത്തിലും ഇരുന്നോട്ടെ സ്വാശ്രമസ്ഥ അത് ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ തപസ്വിയോ അല്ലെങ്കിൽ സന്യാസിയോ ഇത് ഇത്ര ആശ്രമങ്ങളാണ് ഉത്തന്നേകത്വ പ്രത്യേക ഇവിടെ വെച്ച ആർക്ക് ആത്മബോധം ഉണ്ടാകുന്നു ഏകത്വജ്ഞാനം ഉണ്ടാകുന്നു അയാൾ പരിപ്രാജകനായി സ്വീകരിക്കില്ല അതുകൊണ്ട് മതപ്രഭാഷണം നടത്തുന്ന ഗൃഹസ്ഥന്മാരൊക്കെ പറയും ഞാൻ ഞങ്ങളെപ്പോലെയുള്ള ഒരു സന്യാസിമാരാണ് ഞങ്ങൾക്ക് ജ്ഞാനമുണ്ട് മതപ്രഭാഷണത്തിലുള്ള ജ്ഞാനം ഞങ്ങളുടെ കീഴിലുണ്ട് ഇന്ന് ഞങ്ങളും പരിപ്രാചകന്മാരാണ് അങ്ങനെ പറയും തത്വജ്ഞാനം ആർക്കും ഉണ്ടാകാമല്ലോ പഴയകാലത്താണെങ്കിൽ ശ്രവണം ചെയ്യണം ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല വായിച്ചാൽ മതി ഇപ്പം തത്വജ്ഞാനം കുറച്ചുകൂടി എളുപ്പമായി അല്ല അങ്ങനെയല്ല ഇത് പ്രിന്റ് ചെയ്തിട്ടില്ലായിരുന്നപ്പോൾ അറിയില്ല പറയുന്നത് കേട്ടാലേ പറ്റും വായിക്കാൻ സൗകര്യം വന്നപ്പോൾ ആർക്കും തോ ജാനുള്ള അങ്ങനെയുള്ളൊരു അന്നും ഉണ്ടായിരുന്നു സങ്കരായിട്ട കാലത്തുണ്ടായിരുന്നു സ്വാശ്രമസ്ഥൻ ആർക്കും ഉപ്പന്നേകത്വപ്പെടുത്തി അവിടെ ജ്ഞാനം ഉണ്ടായി പരിപ്രാട്ട് അവൻ പരിപ്രാജകത്തിന് അതിന് പ്രത്യേകിച്ച് പരിവ്രചനത്തിന്റെ ആവശ്യമില്ല ആ ശങ്കരാചാര്യത് അംഗീകരിക്കത്തില്ല പരിവ്രചനം എന്ന് പറയുമ്പോൾ കർമ്മചിഹ്നങ്ങളെല്ലാം ഉപേക്ഷിച്ചേ പറ്റൂ എന്നുവെച്ചാൽ യജ്ഞോപവീതം തുടങ്ങിയ കാര്യങ്ങൾ ഉപേക്ഷിച്ച് പറ്റൂ മറ്റുള്ളവരൊന്നും അംഗീകരിക്കുന്നില്ല അല്ലാതെ എന്ന് പറഞ്ഞാൽ വീടുപേക്ഷിച്ചേ പറ്റും ഉണ്ടാകാൻ പറ്റത്തില്ല പരിപ്രചനം ഭിക്ഷാടിനാതെ ചെയ്യാതൊന്നും അവിടെ സാധ്യമല്ല അത് തന്നെ ആയിരിക്കുന്നു ആശ്രമ സന്യാസിക്ക് പോലും ഭിക്ഷാടന പറഞ്ഞിരിക്കുന്നത് അവിടെ പരിപ്രാജകന്റെ കാര്യം പറയാനുള്ളത് സ്വാശ്രമസ്ഥ ഉത്പന്നയത്ത് പ്രത്യേക പരിപ്രാട്ടം ഇത് ചെയ്ത് സാമിത്വ ഭേദബുദ്ധി അന്ന് വൃത്തിയഹേ ധനന്തര വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്നത് ഭാര്യയുണ്ട് മക്കളുണ്ട് ഇതൊക്കെ വിചാരിച്ചിട്ട് അതാണ് സസ്വാമിത്വ ബുദ്ധി ഇതെന്റേതാണെന്നുള്ളൊരു ബോധം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ എന്തിനാ സ്വന്തം വീട്ടിൽ എന്റെ വീട്ടിൽ ഇരുന്നപ്പോ അല്ലെങ്കിൽ ഞാനുണ്ടായിന്ന് പറയുന്ന കാര്യമില്ല സ്വസ്വാമിത്വബുദ്ധി അവിടെ ഉണ്ട് ഇതെന്റേതാണ് ഞാനിതിൻ്റെ യജമാനാണ് ഇതെന്റെ ഭാര്യയാണ് എൻ്റെ മക്കളാണ് ഈ ചിന്തയുണ്ട് മനസ്സിൽ അത് നിവർത്തിക്കാതെ എനിക്കിവിടെ ഇരുന്ന് ജ്ഞാനം ഉണ്ടായി അത് ഞാനും പരിപ്രാജനാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കത്തില്ല അത് മാത്രമല്ല ചോദിക്കുന്ന എന്തിനാണ് അവിടെ ഇരിക്കുന്നത് ബ്രഹ്മചര്യം ഗുരുകുലവാസം ഗാരഹസ്ത്യം അവിടെ നിന്ന് വിട്ടുകയും ഗൃഹസ്ഥാചര സ്വീകരിക്കുന്നു പിന്നെ കുറച്ചു കാലം വനപ്രസമൊന്നും പറഞ്ഞിരിക്കുന്നു ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് കർമാർത്ഥത്വച്ച ഇതൊരാശ്രമാണോ ഈ പരിവ്രചനം ഒഴികെ ബാക്കിയെല്ലാ ആശ്രമങ്ങളും ഓരോ കർമ്മങ്ങളെ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ് വനപ്രസ്ഥത്തിനുണ്ട് കുറച്ചെന്നേ ഉള്ളൂ ചില ശ്രാദ്ധ കർമ്മങ്ങളും മറ്റുമൊക്കെ അവിടെയും ചെയ്യാൻ പറയുന്നത് സ്മൃതിയിലെടുത്ത് നോക്കുക വനപ്രസത്തിനും വനപ്രസ്ഥയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ അവിടെയുണ്ട് ഗൃഹസ്ഥനോടും അത്രയില്ല വനപ്രസത്തിനും ഭാര്യ കൂടെ കൊണ്ടുപോകുന്നുണ്ട് അതോടെ ഉദ്ദേശിച്ച പറയുന്നു ഇതര ആശ്രമങ്ങൾ പരിഭ്രജനം ഒഴികെയുള്ള ആശ്രമങ്ങൾ അതിനെല്ലാം അതെല്ലാം കർമ്മത്തിന് വേണ്ടിയിട്ടാണ് ആ ആശ്രമം എന്നുള്ള കർമ്മത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത് കർമ്മം ചെയ്യാൻ ഭാര്യയുടെ ആവശ്യം എന്താണ് യജ്ഞത്തിൽ ധർമ്മത്തിന്റെ പങ്ക് അതിന് വേണ്ടിയിട്ടാണ് ഭാര്യ ഭാര്യ ഉണ്ടായതേ എല്ലാം പൂർത്തിയാകും അപ്പൊ ഇതെല്ലാം ഒത്തിരിക്കും ഇപ്പൊ പുത്രനതിനു വേണ്ടി അതും അതിനു വേണ്ടിയിട്ടാണ് തന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിട്ട് താൻ ജന്മത്തിൽ പൂർത്തിയാക്കാൻ കഴിയാതെ വന്നാൽ അത് പൂർത്തിയാക്കണം അപ്പൊ ഇതെല്ലാം കർമ്മത്തിന് വേണ്ടിയാണ് അവിടെ ഇരുന്ന് കർമ്മത്തിന് വേണ്ടിയുള്ള ഒരു സ്ഥലത്തിരുന്നു കർമ്മം ചെയ്തിട്ട് ഞാൻ തത്വജ്ഞാനാണ് പരിപ്രാജകനാണെന്ന് പറയുന്നത് അസംബന്ധമാണ് അധ കർമ്മ കുർവീത വ്യക്തമായും പറയുന്നത് അധ ധാരാപരിഗ്രഹത്തിന് ശേഷം എന്താ പറയുക ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ചതിന് ശേഷം കർമ്മം ചെയ്യൂ എന്നാ പറഞ്ഞിരിക്കുന്നു അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സംഭരിച്ചുകൊണ്ട് തസ്മാമിത്വ അഭാവാ ഭിക്ഷു പരിവ്രാട്ട് അതുകൊണ്ട് സസ്വാമിത്വം ഇല്ലാത്തത് കൊണ്ട് സംബന്ധിച്ച് പരിപ്രാജകനെ സംബന്ധിച്ച് സസ്വാമിത്വം ഇല്ല ഇത് എന്റേതെന്നുള്ള ഇല്ല അതുകൊണ്ട് ഭിക്ഷു ഒരാൾ മാത്രമാണ് പരിപ്രാചകൻ ാണ് ഗൃഹസ്ഥാതി വ്യക്തമായും പറയുന്നു ഗ്രഹസ്ഥാധികളെ പരിപ്രാജികൾ എന്ന് പറയരുത് അവർക്ക് പരിവ്രചന സാധ്യമല്ല സുസ്വാമിത്വം അവിടെ ഉണ്ട് എന്നു അതാണ് മുഖ്യമായ പരിവർജനം തത്വജ്ഞാനം കൊണ്ടുവരുന്ന പരിവർജനം ആ തത്വജ്ഞാനത്തിന് ശേഷം തിരിച്ചു വന്നാൽ വീട്ടിൽ ഇരിക്കുന്നില്ല കുറച്ചു കാലം കൂടെ ഇരിക്കുക അങ്ങനെ കരുതുന്നില്ല പൂർണ്ണമായും പരിപ്രാജകങ്ങൾ തന്നെ ആശ്രമസന്യാസവും പരിപ്രാജകൾ തന്നെ പക്ഷെ ഇവിടെ അനുഷ്ഠാനങ്ങളുണ്ട് ഭിക്ഷു തന്നെ പക്ഷെ അനുഷ്ഠാനങ്ങളുണ്ട് സാധനം തപസ് തുടങ്ങിയ കാര്യങ്ങളുണ്ടവിടെ ഇവിടെ അതുമില്ല മുഖ്യമായ പരിപ്രാജികൾ അതൊന്നുമില്ല തത്വജ്ഞാനം മാറി അപ്പോൾ ആ സ്ഥാനമാണ് അവകാശപ്പെടുന്നത് ഞാൻ ഗൃഹസ്ഥാശ്രം തീരുന്ന പെരുക്ക് ജ്ഞാനമുണ്ടായി അങ്ങനെ ഞാനുണ്ടായതുകൊണ്ട് ഞാൻ സന്യാസിയെക്കാളും വലിയ സന്യാസിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ സന്യാസി പോലും തന്നെ മുഖ്യനായി ഗ്രഹിക്കുന്നില്ല എന്നുകൊണ്ട് താനും ഒരു ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവനാണ് ആശ്രമധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നവനാണ് മറ്റുള്ള ഒരു ധർമ്മത്തെ സ്വീകരിക്കുമ്പോഴാണ് താനും സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതും മുഖ്യമല്ല മുഖ്യമേതാണ് തത്വജ്ഞാനത്തിൽ വരുന്ന പരിപുറജനം ആ തത്വജ്ഞാനത്തിന് പരിഭജനം കൂടിയേ തീരും പരിഭ്രചനം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഭിക്ഷാടനാണ് പറയുന്നു ഭിക്ഷാടനം കൂടി അതിന് വേറെയാതൊന്നും അതുകൊണ്ട് ഗ്രഹസ്ഥാദി അവരൊരിക്കലും പരിപ്രാജകനാണെന്ന് പറയാൻ കഴിയത്തില്ല അത് കർമ്മത്തിന് വേണ്ടിയാണ് ധർമ്മത്തിന് വേണ്ടിയുള്ളതാണ് ഗ്രഹസ്ഥം അതിൽ നിന്ന് ധർമ്മമനുഷ്ഠിക്കുക അവിടെ വിവേകം വന്നു കഴിഞ്ഞാൽ ഉടനെ ഉപേക്ഷിച്ചിരിക്കുക പരിപ്രാജനൻ അതിന് കാലതാമസമുണ്ടെങ്കിൽ നേരെ വാനപ്രസുത്തിൽ പോവുക കുറച്ചു കാലം തപസയായിട്ടിരിക്കുക അവിടെ ഇരുന്ന് ജിജ്ഞാസയുണ്ട് പറ്റുന്നില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി അതാണ് ഇന്നത്തെ സന്യാസമൊന്നും ജിജ്ഞാസയുണ്ട് പറ്റുന്നില്ല അവർ കുറച്ചു കാലം സന്യാസ ധർമ്മത്തെ സ്വീകരിച്ചിരിക്കും തപസമൊക്കെ അനുഷ്ഠിച്ച് ലോകസേവനമൊക്കെ ചെയ്ത് അങ്ങനെ കഴിയുന്നതാണ് ഇന്നത്തെ സന്യാസി അല്ലെങ്കിൽ എന്ത് ചെയ്യണം സർവകർമാരൂപത്തിലുള്ള പരിപ്രജനമാകണം അവിടെയും ഇന്ന് അന്നത്തിന് വേണ്ടി കർമ്മം ചെയ്യേണ്ടി വരും സാധ്യത ഞങ്ങൾ സംഭാവനകൾ സ്വീകരിക്കുന്നതാണെന്ന് പറഞ്ഞാലോ രക്ഷയില്ലെന്നൊണ്ട് വെറുതെ ആരും തരത്തിലായാലും ആൾക്കാർക്ക് എന്തെങ്കിലും ധർമ്മോപദേശമെങ്കിലും ചെയ്യണം കർമ്മം വരുപാട് അതുകൊണ്ടും ജീവിക്കാൻ പറ്റത്തില്ല കർമ്മമില്ലാതെ പറ്റത്തില്ല വെറുതെ ഇരുന്ന ആരും കാശി വരത്തില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണ ആൾക്കാർക്ക് ഉപദേശമെങ്കിലും പറയും എന്തായാലും ശരി അന്നത്തിന് ഭിക്ഷാടന സാധ്യമല്ലെങ്കിൽ കർമ്മം ചെയ്യേ പറ്റൂ എന്തായാലും ഗൃഹസ്ഥലൊന്നും അങ്ങനെ വെറുതെ അവകാശവാദം ഉന്നയിച്ചാൽ അത് ശങ്കരാചാര്യന് അംഗീകരിക്കാൻ തയ്യാറായി ഏകത്വ പ്രത്യ വിധി ജനിതേന പ്രത്യേക വിധിനിമിത്ത ഭേദപ്രത്യർദ്ദിതത്വ യമനിയാന്ത്യ അനുപത്തി പരിഭ്രാജന സ്ഥിതി ചെയ്തു ഈ പരിഭ്രാജന വരാമെന്നുള്ള വലിയൊരു വീഴ്ച ഒരു അപകടത്തെ കുറിച്ച് പറയുകയാണ് ഇന്നത്തെ പരിപ്രാജകർക്കെല്ലാം സംഭവിക്കുന്നത് തന്നെ അങ്ങനെ ഒരു ആശങ്ക ഇവിടെ പറയുന്നു ഏകത്വ പ്രത്യവിധി ജനതേന പ്രത്യേന ഏകത്വവിധി തത്വമസി തുടങ്ങിയ വാക്യങ്ങൾ ശ്രമിച്ചു ജ്ഞാനം ഉണ്ടായി ഗുരു അനുകഭാഷണം കേട്ടു നീ ബ്രഹ്മമാണ് ഇത് മതി ഇത്രയും കേട്ടാമതി ചിലർക്ക് തിലകി ഇത് കേട്ടുകഴിഞ്ഞാൽ ഏകത്വ പ്രത്യയ വിധി ജനിതേന പ്രത്യേകനാണ് അപ്പോൾ ഉടൻ തന്നെ തിരിച്ച് ഞാൻ ബ്രഹ്മമാണ് ഒരു സംശയം കൂടാതെ ധരിക്കും അങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ എന്തുപറ്റും വിധി നിമിത്ത ഭേദപ്രത്യ സുവവർദ്ധിതത്വ ഭേദവിധി എന്തിനെ ആശ്രയിച്ചാണ് ഭേദപ്രത്യത്തെ ആശ്രയിച്ചിട്ടാണ് ഞാൻ ഭർത്താവ് ഇത് കാരണം ഇത് കർമ്മം ഫലം ഇതാണ് ഇയാൾക്ക് മതപ്രഭാഷണത്തിൽ നിന്ന് തന്നെ ഞാനുണ്ടായി ഞാൻ ബ്രഹ്മമാണ് അവിടെ ഭേദപ്രത്യകം നശിച്ചു അങ്ങനെ വന്നുകഴിഞ്ഞാൽ എന്തൊരു യമ നിയമാതി അനുഭവപ്പെത്തി പിന്നെ അവിടെ യമവും നിയമവും ഒന്നുമില്ല ഞാൻ സർവതന്ത്ര സ്വതന്ത്രനാണ് സന്യാസിയാണ് എനിക്ക് കർമ്മങ്ങളൊന്നുമില്ല ഗുരുടെ നയമശിഷ്യ ഗുരു ശിഷ്യനുമില്ല യമ നിയമങ്ങളും ഒന്നുമില്ല അതല്ലേ സംഭവിക്കുന്നത് പരിപ്രാജകസ്യ പരിപ്രാജകന് പതനുമല്ലേ സംഭവിക്കുന്നത് അയാൾ സദാചാരഭ്രഷ്ടനാകും നിയമനിയമാധികൾ പാലിക്കാതെ എന്തുകൊണ്ട് വിധി നിഷേധങ്ങൾക്ക് അതീതനാണെന്ന് നാം ബോധിപ്പിക്കുന്നത് ഇതാണ് ഇന്ന് സന്യാസിമാർക്ക് പറ്റുന്നത് സ്വന്തം വാസനക്കനുസരിച്ച് വിധി നിഷേധങ്ങളെ ഉല്ലംഘിച്ച് പ്രവർത്തിക്കും അങ്ങനെ പ്രവർത്തിക്കും അത് സ്വന്തം വാസനമുണ്ട ദുർവാസനങ്ങളുണ്ട് വിധി നിഷേധങ്ങളെ ഉല്ലംഘിച്ച് പ്രവർത്തിച്ചിട്ട് പിന്നെ സമാധാനിക്കും എന്താണ് ഞാൻ ജ്ഞാനിയാണല്ലോ ഇതൊക്കെ എൻ്റെ പ്രാരംഭം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അന്ന് എന്നെ ബാധിക്കത്തില്ല പരിപരാജകത്വത്തോട് ഇവിടെ പറയും ഉപേക്ഷിക്കളയുക തത്വം ഞാൻ ഭ്രമിക്കുക യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു മനസ്സുള്ള കാര്യം പറയാണ് ഇത് ചെയ്യുന്ന അത് ശരിയല്ല സന്യാസി നിയമനിയമങ്ങളൊന്നും ഇല്ലാതാകത്തില്ല ബുഭുക്ഷാദിനാ ഏകത്വ പ്രത്യാ പ്രഖ്യാപിത ഉപപത്തെ നിവൃത്തിയർത്ഥത്വ പറയുന്നു സർവം ഖണ്ഡിതം ബ്രഹ്മ ഞാനും ഉണ്ടായി പക്ഷെ വിശപ്പ് വരുമ്പോഴും ആരെങ്കിലും പറയോ സർവ ബ്രഹ്മത്തിന് വിശക്കുന്നു സർവം ഖലിതം ബ്രഹ്മ സർവം ബ്രഹ്മം വിശക്കുന്നു എന്റെ വിശപ്പെന്നേ പറയാൻ പറ്റത്തില്ല വിശക്കുന്നുണ്ടോ അപ്പ പറയും എന്റെ വിശപ്പ് എനിക്ക് ഭക്ഷണം വേണം വിശക്കാത്തപ്പോ പറയെന്താണ് ഇതെല്ലാം ബ്രഹ്മമാണ് ഒരു ഭേദവും ഇല്ല വിശപ്പ് വരുമ്പോൾ സ്വന്തം കാര്യമാണോ അതെന്താ അങ്ങനെ സംഭവിക്കുന്നത് പറയുന്നു അങ്ങനെ തന്നെ സംഭവിക്കും സംഭവിക്കാതിരിക്കാൻ പറ്റത്തില്ല ശരീരമാണ് അങ്ങനെ തന്നെ സംഭവിക്കും ഒരുവൻ ഏകത്വ പ്രത്യേകമുള്ളവനാണെങ്കിൽ ശരിക്കും വിശക്കുമ്പോൾ അത് വിസ്മരിച്ചു എന്നുവെച്ചാൽ ഈ ശരീര സംബന്ധിയായ കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഏകത്വ പ്രത്യേകം നിൽക്കണമെന്നില്ല ഭൂക്ഷാദി വികാരങ്ങൾ വരുമ്പോൾ അവന്റെ വിവേകം നഷ്ടപ്പെടാം പ്രഖ്യാപനം സംഭവിക്കാം മൂന്നാണ് ഭക്ഷ്യക്കാരൻ തുറന്ന് സംഭവിക്കണം അങ്ങനെ സംഭവിക്കാം ബഭുക്ഷാദിന ഏകത്വ പ്രത്യ പ്രഖ്യാപിത സംഭവിക്കാം അങ്ങനെ ഒരുമ്പോം ചെയ്യുന്നു ഹേ അവനുടനെ ഭക്ഷണം അന്വേഷിച്ചു പോകുന്നു തൽക്കാലം ബ്രഹ്മ അവിടെ ഇരിക്കട്ടെ പിന്നെ വിശപ്പ് മാറ്റിയിട്ടാണ് അടുത്ത കാര്യം അങ്ങനെ ചെയ്തേ പറ്റൂ അവിടെ ആണ് ഭിക്ഷാടനത്തിനടങ്ങുന്നത് അല്ലേ ഞാനും ബ്രഹ്മം ഭിക്ഷയും ബ്രഹ്മം അന്നുവും ബ്രഹ്മം എല്ലാം ബ്രഹ്മം പിന്നെ നിന്നെ അത് വിട്ടിട്ട് പ്രത്യേകിച്ച് ഒരു ഭിക്ഷാടനം പക്ഷെ അത് അത് സംഭവിച്ചെത്തിയിരുന്നു എന്തുകൊണ്ട് അവിടെ ഏകത്തെപ്പുറത്തേയും തൽക്കാലത്തേക്കെങ്കിലും അതൊന്ന് വിട്ടുമാറി നിൽക്കുകയാണ് അതുകൊണ്ട് ഭിക്ഷയിൽ പ്രവർത്തിക്കുന്നു ആഹാരം വേണ എനിക്ക് വേണം അതിനൊരു സംശയവും വേണ്ട സർവം കരിതം ബ്രഹ്മ എന്നറിയുന്നയാള് വിശക്കുമ്പം ഭിക്ഷയ്ക്ക് പോയി ഭിക്ഷ വാങ്ങി ഈ ബ്രഹ്മത്തിനായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബ്രഹ്മത്തിന്റെ വായ്പ കൊണ്ടിട്ട് കൊടുക്കും അങ്ങനെ ചെയ്യാറില്ല സ്വന്തം കൈ സ്വന്തം വായിലേക്ക് തന്നെ വേറെ അടുത്തേക്ക് ഇതുവരെ വഴിമാര് സഞ്ചരിച്ചിട്ടില്ല ഇനി ഒട്ടും സഞ്ചരിക്കത്തല്ലീകരിക്കുന്നു അങ്ങനെ തന്നെ സംഭവിക്കും അങ്ങനെ വരാം പക്ഷെ അതിനെല്ലാം പറയും കർമ്മഭാസമാണ് അവനൊരു അജ്ഞന്റെ കർമ്മം പോലെ കാണണം അവിടെ വ്യത്യാസമുണ്ട് അയാൾക്ക് ഏകസുപ്രം വന്നു കഴിഞ്ഞു പക്ഷെ അതിനൊരു ഭംഗം വന്നിരിക്കുന്നു ദ്വൈതബോധം വന്നു അതിനെ ആശ്രയിച്ച് വിശപ്പ് എന്താകുമെല്ലാം വന്നു അതിന് ധാർമ്മികമായ പരിഹാരം അതാണ് ഭിക്ഷ അങ്ങനെയും ചോദിക്കും തത്വജ്ഞാനിയാണ് വിശപ്പ് വന്നു പാവപുണ്യങ്ങൾക്ക് അതീതനോ എന്നാ മോഷ്ടിച്ചൂടെ എന്താ ദോഷം ഒന്നും ബാധിക്കത്തില്ലല്ലോ പാവവും പുണ്യവും അത് സമാനം പറയും അത് പറ്റത്തില്ല അത് തത്വ്ഞ എനിക്ക് സാധ്യമല്ല അതുകൊണ്ട് എങ്ങനെയാണോ ഭിക്ഷയിൽ പ്രവർത്തിക്കുന്നത് വിശപ്പ് മാറ്റുന്നതെന്ന് അതുപോലെ നിവൃത്തിക്ക് വേണ്ടി ശമതമാദികളും പ്രവർത്തിക്കും ദോഷമില്ല നിവൃത്തി അർത്ഥം ക്ഷു നിവൃത്തിക്ക് വേണ്ടി വിശപ്പി പ്രവർത്തിക്കുന്നതുപോലെ മറ്റു വേണ്ടാതീനങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ശമതമാദികൾ പ്രവർത്തിച്ചു രണ്ടുപോലെ നിജപ്രതിഷിദ്ധ സേവാപ്രാപ്തി അങ്ങനെയല്ല നിഷിദ്ധമായ കാര്യങ്ങളിൽ എന്തുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ അധർമ്മത്തെ എന്തുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ പ്രവർത്തിട്ട് പറയാമല്ലോ എന്റെ പ്രാരബ്ധമാണ് ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല ഞാൻ ഇതിനൊക്കെ അതീതനാണ് ഞാൻ തത്വജ്ഞാനിയാണ് ഞാൻ ബ്രഹ്മമാണ് വെള്ളത്തിൽ കിടക്കുന്ന താമര ഇല പോലെയാണ് ഒന്നും എന്നെ സ്പർശിക്കത്തില്ല ഇതൊക്കെ പറഞ്ഞാൽ പോരെ പറയാനുള്ള വിദ്യ കയ്യിലുണ്ടല്ലോ പറയുന്നു അത് സെ സാധിക്കത്തില്ല എന്ന പ്രതിഷിദ്ധ സേവാപ്രാപ്തി പ്രതിഷിദ്ധ പ്രവൃത്തികളും അവന് സംഭവിക്കത്തില്ല ഉറപ്പായിട്ടും അതുകൊണ്ടാ സംഭവിക്കാത്ത ഏകത്വ പ്രത്യ ഉത്പത്തി പ്രാഗ പ്രതിഷിദ്ധത്വ അതല്ല അതിന് ആണ് അയാൾ ബ്രഹ്മജ്ഞാനം വരെ എത്തിയത് ഇതൊക്കെ നേരത്തെ തന്നെ ഒഴിവാക്കിയ കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ തത്വജ്ഞാനത്തിന് ശേഷം അത് വരത്തില്ല എന്നാ അത് വരത്തില്ല ഒരു തത്വജ്ഞാനി തത്വജ്ഞാനിയായിരുന്നു ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അയാൾ മയക്കുമരുന്ന അടിവപ്പെട്ടുപോയി അങ്ങനെ സംഭവിച്ചു കഥയെല്ലാം നടന്ന സംഭവമാണ് അപ്പം ശിഷ്യന്മാർ സമാനപ്പെടുന്നതാണ് എന്താണ് തത്വജ്ഞാനിന്റെ ജ്ഞാനത്തെ അതൊന്നും ബാധിക്കത്തില്ല ജ്ഞാനിയായാൽ എന്തുമാകാം എന്നാ ഇത് ശരിയല്ലെന്നാ പറയുന്നത് അവിടെ എന്താ അങ്ങനെ സംഭവിച്ചത് തത്വവിജ്ഞാനം എന്ന് പറയുന്നത് ഒരു ഇടവേള മാത്രമായിരുന്നു തത്വവിജ്ഞാനത്തിന് മുമ്പ് ഇയാൾക്ക് ഇതിൻ്റെ സേവ കുറേശ ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് തത്വവിജ്ഞാനത്തിലേക്ക് വന്നത് അവിടെ ചില അനുഭൂതികളൊക്കെ ഉണ്ടായിരുന്നായിരുന്നു തത്വജ്ഞാനത്തിനും ഇത് തുടരുമെന്ന് വിചാരിച്ചത് തത്വവിജ്ഞാനത്തിൽ വന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ അനുഭൂതി ഇതിൽ നിന്ന് കിട്ടുന്നതല്ല അതിനിൽ തന്നെ തിരിച്ചു പോകണം അപ്പം വീണ്ടും അതിലേക്ക് തന്നെ പോയി പക്ഷെ ശിഷ്യന്മാർക്ക് ഏതെങ്കിലും സമാധാനമുണ്ട് തത്വജ്ഞാനിയെ ബാധിക്കുന്നില്ല പ്രതിഷിദ്ധ സേവ തത്വജ്ഞാനിയിലും ആകാം പറയുന്നു അതിന്റെ ആ ഏകത്വ പ്രത്യേകം വരുന്നതിന് മുമ്പ് തന്നെ അയാൾ ധർമ്മിഷ്ഠനും സദാചാരനിഷ്ഠനുമായിരുന്നു അതാണ് അയാളുടെ അന്ധക്കരണശുദ്ധിക്ക് സഹായിച്ചത് കാമക്രോധങ്ങളെ രാഗദ്ശാദികളെയൊക്കെ അയാൾക്ക് മനസ്സിൽ നിന്ന് കഴുകിക്കളയാൻ കഴിഞ്ഞു അത്രയും പരമപരിശുദ്ധനായി തത്വജ്ഞാനത്തിലേക്ക് പ്രവേശിച്ചിട്ട് പിന്നെ വീണ്ടും വേണ്ടാധീനങ്ങൾ ചെയ്യുക അത് പ്രാരബ്ധെന്ന് പറയുക അത് ശരിയാകത്തില്ല അങ്ങനെ സംഭവിക്കത്തില്ല ഭാഷകാലം തീർത്തും പറയുന്നു പ്രതിഷിദ്ധ സേവാ പ്രവർത്തി തത്വജ്ഞാനിക്കില്ല അത് സുരേഷ് രാജേന്ദ്രനും ചോദിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ പറയുന്നത് പ്രാരബ്ധം കൊണ്ട് വേണ്ടാധീനങ്ങളൊക്കെ ചെയ്തെന്ന് പറയുകയാണെങ്കിൽ എന്താ നായി ഭക്ഷിക്കുന്നത് ഭക്ഷിക്കാമോ വേണ്ടാധീനങ്ങൾ ചെയ്യുന്ന അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ അതന്നെ ചെയ്യത്തുള്ളൂ പ്രാരബം കൊണ്ട് സംഭവിച്ചു പോയതാണെങ്കിൽ പ്രാരബം കൊണ്ട് നായിയുടെ ഭക്ഷണം കഴിക്കും എന്ന് തന്നെ അതുകൊണ്ട് ഭേദപ്രത്യം നശിച്ച് അതുകൊണ്ട് പ്രതിഷിദ്ധ സേവ അപർമാചരണം സംഭവിക്കും എന്ന് കരുതുന്നത് ശരിയല്ല എന്നർത്ഥം അത് തത്ത്വജ്ഞാനമായിട്ടുള്ള ബന്ധമല്ല പിന്നെ ചിലരെല്ലാം നമ്മൾ ദിവ്യന്മാരെന്ന് കരുതുന്ന പലരും പ്രതിഷിദ്ധ സേവയും മറ്റും ചെയ്യുന്നുണ്ടല്ലോ കള്ളുപടിക്കുന്നവരുണ്ട് കഞ്ചാവ് അടിക്കുന്നവരുണ്ട് അന്നും ഈ തത്വജ്ഞാനവുമായിട്ട് ബന്ധമല്ല അതൊക്കെ അവരവരുടെ കൽപ്പന അനുസരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പ്രദായങ്ങൾ അനുസരിച്ച് ചില വിദ്യകളൊക്കെ സ്വീകരിക്കുന്നു ആ വിദ്യകളോടൊപ്പം ഇവിടെ തന്നെ പറയുന്നില്ലേ നൂറുകണക്കിന് ഉപാസനകൾ വേദത്തിൽ തന്നെ അതുപോലെ എന്തെങ്കിലും ഉപാസനകളോ എന്തെങ്കിലുമൊക്കെ സ്വീകരിച്ച് അതിലെന്തെങ്കിലും വിശേഷമായ ശക്തികളൊക്കെ ആർജിച്ച് അതിനോടൊപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും എന്നേ ഉള്ളൂ അല്ലാതെ ശങ്കരാചാര്യർ പറയുന്ന ആ ഇതെന്ന് പറയുന്നത് അത് വളരെ വ്യക്തമാണ് അതെന്തിനെക്കുറിച്ച് പറഞ്ഞാലും ശരി അത് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് അതാണ് എൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞാലും ശരി പറഞ്ഞിരിക്കുന്ന വ്യക്തമായിരിക്കും അത് ശാങ്കല ഭാഷയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പക്ഷേ പറയുന്ന ചില കാര്യങ്ങളോട് നമുക്ക് യോജിക്കാൻ കഴിയില്ലെന്നവരും പക്ഷെ പറഞ്ഞിരിക്കുന്ന വ്യക്തമായിട്ടാണ് നിങ്ങളുടെ യോജിപ്പോൾ വിയോജിപ്പോ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം താൻ പറയുന്നത് വ്യക്തമായി അത് വർണ്ണത്തെക്കുറിച്ചായാലും ശരി ബാക്കി ആണ് അതിനെ വളച്ചൊടിക്കുന്നു ദുർവ്യാഖ്യാനം ചെയ്യുന്നുമുണ്ട് അവരിതൊക്കെ വായിച്ചിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് തിരിച്ചും മറിച്ചെ വ്യാഖ്യാനിച്ച് ശങ്കരാചാര്യ മഹാനാക്കാനും അല്ലെങ്കിൽ ശങ്കരാചാര്യന്റെ മഹത്വത്തെ ഇല്ലാതാക്കാനും ഒക്കെ ചെയ്യും അതൊക്കെ വ്യാഖ്യാതാക്കളുടെ അഭ്യാസങ്ങളാണ് പക്ഷെ ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നതിൽ അങ്ങനെ ഒരു മറ ഒരിടത്തും വെച്ചിട്ടുണ്ട് അതെല്ലാം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നതാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ വ്യക്തമായി തന്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു കർമ്മം വേണ്ടെന്ന് വെച്ചാൽ വേണ്ട വിക്ഷാടനം വേണം എന്ന് വെച്ചാൽ വേണം പരിഭ്രജനം ഇന്നതാണെന്ന് വെച്ചാൽ ഇന്നത് വർണ്ണം ആശ്രമം ഇന്നതാണെന്ന് പറഞ്ഞാൽ ഇന്നത് അതിലൊക്കെ വളരെ സുനിശ്ചിതമായ അഭിപ്രായമാണ് സംഗ്രഹകർക്കുള്ളത് ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട് അവനവന്റെ താല്പര്യം അനുസരിച്ച് യഥാർത്ഥത്തിലുള്ള മഹത്വത്തെ തിരിച്ചറിയാത്തുണ്ട് പറയുന്നു കൂവേ കണ്ടഗേവാ പതിതേ ഗുതിദേവി സവിതരി പദ്ധതി തസ്മിന്നേവ ചോദിക്കണം വളരെ വ്യക്തമായിട്ട് രാത്രിയിൽ നല്ല കുറ്റിട്ടത്ത് വെളിച്ചമില്ലാത്ത നടന്നപ്പോ പൂവേ കണ്ടഗേവാ പതിതാ പൊട്ടക്കൻറ്റിൽ വീണിരിക്കുക ുള്ളിൽ ചവിട്ടി കാലം മുറിഞ്ഞിരിക്കാം പക്ഷേ ഉദിദേവി സവിതരി ഉദിച്ച് നട്ടിച്ചയായി അതേ വഴിക്ക് ശ്രദ്ധിച്ച് നടക്കുന്നു അവിടെ തസ്മിൻ പദ്ധതി അതേ പൊട്ടക്കനത്തി ചാടുന്നു അതേ മുള്ളി ചവിട്ടുമോ എന്നാ ചോദിക്കുന്നു ഇത്ര വ്യക്തമാണ് കാര്യം ഒരു ജ്ഞാനിരുന്നു ഇങ്ങനെ സംഭവിക്കത്തില്ല സംഭവിക്കുന്നുണ്ടെങ്കിൽ കണക്കായി കൊള്ളുക ഇയാളിൽ ജ്ഞാനം പ്രകാശിച്ചിട്ടില്ല ഭേദബുദ്ധി നശിച്ചിട്ടില്ല ഇനി എന്തെങ്കിലും ആധ്യാത്മികത ഉണ്ടെങ്കിൽ ശരി ആധ്യാത്മികതയൊക്കെ അങ്ങനെ ഉണ്ടാകാം രാവണനും വലിയ ആത്മീയ പുരുഷനായിരുന്നു യോഗിയായിരുന്നു ശിവനെപ്പോലും തന്റെ തപസ്സുകൊണ്ട് പ്രത്യക്ഷപ്പെടുത്താൻ കഴിഞ്ഞ ആളാണ് തത്വജ്ഞാനി എന്ന് അവരെ പറയുന്നു രാവണന്റെ കയ്യിലും ജ്ഞാനം ഉണ്ടായിരുന്നു പക്ഷെ പോരായ്മ ഉണ്ടായിരുന്നു അവിടെ അതുപോലെയുള്ള ജ്ഞാനമാണ് ആരില് കണ്ടായിരുന്നു മറിച്ചാണെങ്കിൽ ഭാഷകാരൻ ഈ പറഞ്ഞതിന് സമാനം പറയും ഏറ്റെടുത്ത് വീണ കോട്ടക്കന്നിട്ട് നട്ടിച്ചയ്ക്ക് വീഴുമോ സാധ്യമല്ല കണ്ണടച്ച് കിടക്കേണ്ടി വരും തസ്മാസിദ്ധം ഭിക്ഷു നിവൃത്തകർമ്മ ഭിക്ഷുഗർമ്മ സംസ്ഥ സിദ്ധാന്തം പറയുകയാണ് ഇക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട എന്താണ് നിവൃത്തകർമ്മ ഏതെല്ലാം കർമ്മങ്ങൾ ഒരുവിനു വേണ്ടി വിധിച്ചോ ആ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഭിക്ഷുഖ പരിഭ്രാട്ട് പറയാതെ ഭിക്ഷുഖനെന്ന് പ്രത്യേകം പറയുന്നു കാരണം അവളെ ഭിക്ഷ കൂടിയേ തീരും ശരീരം അവനാണ് ബ്രഹ്മസംസ്ഥൻ അവനാണ് അമൃതത്വവേദി മറ്റുള്ളവരല്ല ശങ്കരാചാര്യർക്കൊരു ശങ്കരാചാര്യുള്ള ആൾക്കാരുടെ ഒരു ദോഷം ആരോപിക്കുന്നുണ്ട് അതായത് ശങ്കരാചാര്യർക്ക് ഇത്രയും വാശി എന്തിനാണ് ഗ്രഹസ്ഥനും ഞാനും ആയിക്കൂടെ ജനകനും മറ്റും ഉണ്ടായിരുന്നില്ലേ അവരും ബ്രഹ്മസംസ്ഥന്മാരല്ലേ ഒരു ഭിക്ഷകരല്ലെങ്കിലും അവരും അവിടത്വം വേദിയിൽ ഇത്രയും സാങ്കേതികമായി ചർച്ച ചെയ്ത് ഇതിനെ ഇങ്ങനെ ഉറപ്പിക്കുന്നതിനും ഭിക്ഷ ഭിക്ഷ തന്നെ എന്ന് പറയുമ്പോൾ പിന്നെ ഗൃഹസ്ഥനെന്ന് പറയാൻ പറ്റില്ല ഗ്രഹസ്ഥനും ഭിക്ഷ പറഞ്ഞിട്ടില്ല ഭിക്ഷ എടുക്കുന്നതും തന്നെ ഇത് പലർക്കും പിടിച്ചില്ല അതുകൊണ്ടാണ് പിന്നീട് ഗ്രന്ഥങ്ങളുണ്ടായത് പലതും ശങ്കരാചാര്യ ഈ നിലപാടിനോട് വിയോജിപ്പുള്ളവർ ഗ്രഹസ്ഥനുമാകാം ഞാനും ഗ്രഹസ്ഥനും മോക്ഷമാകാം അത് ഇത് ഭാഷകാരൻ ഇങ്ങനെ ഇത്രയും തറപ്പിച്ച് പറയുന്ന മനസ്സിലാകുമ്പോഴേ അത് നമുക്ക് മനസ്സിലാവും വിക്ഷുവിന് മാത്രമല്ല ജ്ഞാനവും മോക്ഷവും ഗ്രഹസ്ഥനുമാകാം വാസിഷ്ഠം ഗ്രന്ഥങ്ങളിൽ ആ വിഷയമാണ് മുഖ്യമായും ചർച്ച ചെയ്യുന്നത് യത് സർവേഷാം ജ്ഞാനവർജിതാനാം പുണ്യലോകേതി മുമ്പ് പറഞ്ഞല്ലോ പൊതുവർഷത്തി പറഞ്ഞു ഓർപ്പിക്കുകയാണ് ജ്ഞാനമില്ലെങ്കിൽ എല്ലാവർക്കും പുണ്യലോകം ആര് ബ്രഹ്മചാരി ഗ്രഹസ്ഥൻ തപസ്വി സന്യാസി നാലുകൂട്ടർ നാലുകൂട്ടർക്കും ജ്ഞാനമില്ലെങ്കിൽ പുണ്യല പോകണം നഷ്ടമൊന്നുമില്ല എന്തുകൊണ്ട് ധർമ്മത്തെ അവരനുഷ്ഠിക്കുന്നു ധർമ്മത്തിന്റെ ഫലം പുണ്യമാണ് പുണ്യത്തിന്റെ ഫലം അതാണ് പുണ്യലോകമാണ് പറഞ്ഞു സത്യവേദത അതിനോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ഏത് ധർമ്മത്തിലിരുന്നാലും മതി ബ്രഹ്മചര്യത്തിരുന്നാലും മതി സന്യാസത്തിലിരുന്നാലും മതി ആ ധർമ്മത്തെ പരിപാലിക്കുന്നുണ്ടെങ്കിൽ ജീവൻ ഊർധ്വഗതിയാണ് അധോഗതിയല്ല പുണ്യലോകങ്ങളാണ് നഷ്ടം വരുന്നത് തത്വജ്ഞാനം ഇല്ലെങ്കിലും പുണ്യലോകം നഷ്ടപ്പെടുത്തില്ല എച്ച് ഉക്തം തപശബ്ദേന പരിഭ്രാണി ഉത്തൈ നേരെ പറഞ്ഞു തപസ്സെന്ന് പറഞ്ഞല്ലോ തപസ്സെന്ന് പറയുന്നത് ഗ്രഹസ്ഥന് സാധ്യമല്ല തിരുച്ചിര ചാന്ദ്രായണാദികളൊക്കെ ഗ്രഹസ്ഥ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഭാര്യ മക്കളൊക്കെ വഴിയാതെ അത് സാധ്യമില്ല അതുകൊണ്ട് തപസ്സെന്ന് പറയുന്നത് പരിഭ്രാജന എടുക്കണം പരിഭ്രാജനം എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനം കൊണ്ട് പരിഭ്രജനം ചെയ്യുന്നു ഭിക്ഷുകൾ അങ്ങനെ എടുക്കണം സന്യാസിയല്ല സന്യാസം എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന ആശ്രമധർമ്മം അതല്ല ഏതത് പറയുന്നു അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയത്തെല്ലാ ഭാഷകാലും പറയുന്നു കസ്മാത് എന്തുകൊണ്ട് പരിവ്രാജകസ് ഏവ ബ്രഹ്മസംസ്തത സ്വഭവ പരിവ്രാജകന് മാത്രമേ ബ്രഹ്മസംസ്തൃതി പറയുന്നുള്ളൂ അവന് മാത്രമേ അമൃതം പറയുന്നുള്ളൂ തപസ്സിക്ക് അത് പറയുന്നില്ല സി അവശേഷതീത്യവോചാമ കാരണം മറ്റു മൂന്നുപേരെയും പറഞ്ഞതിനു ശേഷം സ്ത്രീയോ ധർമ്മസ്കന്ധ അവിടെയാണെങ്കിൽ ചർച്ച അതിനാശ്രച്ചിട്ടാണ് എന്ന് പറഞ്ഞ് മൂന്ന് പേരെയും പറഞ്ഞ് ശേഷിപ്പിച്ച ഒരാളാണ് പരിപ്രാജകൻ അതുകൊണ്ട് തപസ്സിയെ സംബന്ധിച്ചിടത്തോളം പുണ്യലോകമാണ് അല്ലാതെ ബ്രഹ്മ സംസ്കൃതിയല്ല അപ്പോൾ ഒരാൾ സന്യാസധർമ്മത്തിൽ ഇരുന്നുകൊണ്ട് തപസ്സിയാകുന്നു എന്ന് വെച്ചു വലിയ അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്നു നഷ്ടമൊന്നുമില്ല പുണ്യലോകം കിട്ടും ബ്രഹ്മസംസ്തൃതി തപസ്സുകൊണ്ട് സാധ്യമല്ല ചാന്ദ്രായണാവി തപസ്സുകൊണ്ട് അത് സാധ്യമല്ല പല ഭാഗത്തും മഷിക്കാർ ഇത് ആവർത്തിക്കും ഏകത്വ വിജ്ഞാനം അതോ അഗ്നിഹോത്രാധിപത് തപോ നിന്ന് എങ്ങനെയാണോ അഗ്നിഹോത്രാദികൾ പോയത് അതുപോലെ തപസ് വർദ്ധിക്കുന്നു അതും വിധിച്ചതാണ് കൃഷ്ണവും ചാന്ദ്രായനും സ്മാർത്ഥ കർമ്മങ്ങളാണ് സ്മൃതിയിൽ വിധിച്ചിരിക്കുന്നത് മറ്റു കർമ്മങ്ങളൊക്കെ പോവുകയാണെങ്കിൽ തപസ്സും കർമ്മമാണ് ആ കർമ്മവും പോയി എന്തുകൊണ്ട് തപസ്സൊരു സാധനയാണ് ആ സാധന അതിൻ്റെ ഫലത്ത് ഉദ്ദേശിച്ചിരിക്കുന്നതാണ് ഇവിടെ പരുപ്രാട്ട് സാധകനാണ് സിദ്ധനാണ് അത് പിന്നെ ആ സാധനയുടെ ആവശ്യം തപസ്സെന്ന് പറയുന്ന സാധനയുടെ ആവശ്യം മറുപത്സവം ചിന്തിക്കണം ഏതെങ്കിലും തത്വവിജ്ഞാനിയിൽ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തപസ് അത് ഭിക്ഷാടനം പോലെ കർമാഭാസം കർമ്മപ്രതീതി ഭേദബുദ്ധിമതൈവ ഹി തപ്പക്കാർത്തി വേദാസ ഭേദുദ്ധിയുള്ളവനെ തപസ്സുണ്ട് ഏതേനാ കർമ്മഛിദ്രേ ബ്രഹ്മസംസ്ഥത അസാമർഥ്യം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു കർമ്മഛിദ്രത്തിന് ഞാനേയാകാവുന്ന ഗ്രഹസ്ഥൻ എപ്പോഴും കർമ്മം ചെയ്യത്തില്ല ചില സമയം റെസ്റ്റെടുക്കും അപ്പോൾ തത്വം ഞാൻ മോക്ഷം നടക്കത്തില്ല എന്തുകൊണ്ടാണ് ഭേദബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുന്നതിനാണ് റെസ്റ്റെടുത്ത് ശ്രവണം ചെയ്തു കഴിഞ്ഞാൽ ീവെടുത്ത് ശ്രമണം ചെയ്ത കാര്യം നടക്കത്തില്ല അവധിയുള്ള ദിവസം ആശ്രമത്തിൽ പോയാൽ മോക്ഷം കിട്ടത്തില്ല കാര്യം നടക്കത്തില്ല അതാണ് കർമ്മഛിദ്രം എന്ന് പറയുന്നത് ഹോളിഡേസ് അതിനാണ് കർമ്മഛിദം പണ്ടങ്ങനെയാ പറയുന്നത് അവിടെ ബ്രഹ്മജ്ഞാനിയാകാമെന്ന് വിചാരിച്ചാലും കാര്യം നടക്കത്തില്ല ഇത് പാർട്ട് ടൈം അല്ല ഫുൾ ടൈം വർക്കാണ് അസാമർഥ്യം അത് സാധ്യമല്ല ധർമ്മ സംസ്ഥിതി വേണമോ കർമ്മത്തെ പാടെ ഉപേക്ഷിക്കും അതേ പറ്റും കുറച്ച് ദിവസത്തേക്കോ കുറച്ച് മണിക്കൂറുകൾക്കോ ഒന്നും സൗകര്യം പോലും ഉപേക്ഷിച്ച് പറ്റത്തില്ല അത് സാധ്യമല്ല അപ്രതിഷേധ പ്രത്യുക്ത നേരത്തെ പറഞ്ഞു നാല് വർണ്ണത്തിനും ബ്രഹ്മസ്ഥിതി സാധ്യമല്ല എന്ന് പറഞ്ഞു അതും നിഷേധിച്ചു നാല് വർണ്ണത്തിനും പറഞ്ഞു മൂന്ന് വർണ്ണത്തിനും സാധ്യമല്ല ആരെ ബ്രഹ്മചാരി ഗ്രഹസ്ഥൻ തപസ്സി അല്ലെങ്കിൽ സന്യാസി തപസ്സി കായസന്യാസ് ആ മൂന്ന് പേർക്കല്ലെങ്കിൽ വനപ്രസ്ഥി എന്ന് പറയാം മറിച്ച് പരിപ്രാചകന് ബ്രഹ്മസ്ഥിതി സാധ്യമാണ് തഥാ ജ്ഞാനവാനേവ ഇവിടുത്തെ കർമ്മ പരിഭ്രാടി ജ്ഞാനവൈരുദ്ധ്യം പ്രത്യേകം മുമ്പ് പറഞ്ഞ ചോദ്യത്തിന് സമാധാനം പറയുന്നു ജ്ഞാനവാൻ നിവിടുത്ത കർമ്മ കർമ്മങ്ങളെല്ലാം ഒഴിഞ്ഞവൻ പരിവ്രാട്ട് അവനാണ് പരിഭ്രാട്ട് അവൻ്റെ ജ്ഞാനമുണ്ട് അതുകൊണ്ട് ജ്ഞാനം വൈയർദ്ധ്യം അതെന്ന് ശരിച്ചു ജ്ഞാനം വർദ്ധമല്ല പരിപ്രാഡിൽ ഞാൻ സഫലമാണോ മറ്റുള്ളവരിൽ അത് സഫലമായി കാണുന്നില്ല പക്ഷെ പരിഭ്രാജകനിൽ അത് സഫലമാണോ ഇവിട ഭാഷക്കാരെല്ലാം വ്യക്തമായി കാണിച്ചിരിക്കുകയാണ് ബ്രഹ്മചാരി ഗ്രഹസ്ഥൻ ആശ്രമസന്യാസി പരിപ്രാജകൻ അതിന് ഓരോരുത്തർക്കും എന്താകാം എന്ത് അല്ല എന്നുള്ളതും പരമാർത്ഥത്തിലുള്ള സന്യാസം എന്താണ് പരംരാചകൻ എന്നാൽ ആശ്രമസന്യാസത്തെ നിഷേധിക്കുന്നുമില്ല അത് അംഗീകരിക്കുന്നുമുണ്ട് അതുമാകാം തപസ്സും മറ്റുമുള്ള സന്യാസം രണ്ടിനും ഭാഷകാരൻ സ്വീകരിക്കുന്നുണ്ട്